ശിവസണ സ്ഥാന ശിവ സഭ isna deva ahe namo ahe tuya ahe shree varish sanjiv sanjiva se namo ahe kuthe vashu സപ്തമാനുവാദം ഒന്നാം മതം യശ് പരമേ വ്യോമിനെ ഗുഹാ നിഹിത ആനന്ദോന്ന താരണനേറ്റോ ലോക തദർത്താഹ കാര്യകരണ പ്രാണനാദി ചേഷ്ടമൂഹത്തിൻ്റെ പ്രവൃത്തി ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നു പ്രാണാപാനാദി പ്രവർത്തനങ്ങൾ നടക്കുന്നു ഇതെല്ലാം ആത്മാർത്ഥമാണ് ആർക്കു വേണ്ടി നടക്കുന്നു അതിനുവേണ്ടി മാത്രം നമ്മളല്ല തത്കൃതച്ച ആനന്ദോ ലോകസ്യ അത് നിമിത്തമായിട്ടാണ് ഈ ജീവന്മാർക്ക് ആനന്ദത്തിൻ്റെ അനുഭവം ആനന്ദത്തിൻ്റെ ഉറവിടം ആത്മാവാണ് കുത യേശീവ പര ആത്മാ ആനന്ദതി ആനന്ദയതി സുഖേതി ലോകം ധർമാനുരൂപം കുതഹ യേശീവ പരാത്മാ ഈ പരമാത്മാവ് ഏകമായ പരമാത്മാവ് സർവജീവന്മാരിലും ആത്മരൂപത്തിടിക്കുന്നു അത് തന്നെ ആനന്ദയാതി ആനന്ദയതി ആനന്ദിപ്പിക്കുന്നു സുഖിപ്പിക്കുന്നു സർവജീവന്മാരുടെയും സുഖകാരണമായിരിക്കുന്നു സുഖയതി ലോകം സർവജീവന്മാരെ ധർമാനുരൂപം പക്ഷെ അതിന് എല്ലാവരെയും സൂചിപ്പിക്കുന്നില്ല എല്ലാവരെയും സൂചിപ്പിക്കുന്നു പറഞ്ഞാൽ ദുഃഖിക്കുന്നതോ ആത്മാവാണ് ആനന്ദത്തിന് കാരണം ആത്മാവ് സർവവ്യാപിയായിരിക്കുന്നു ആത്മാവാണ് സർവ്വരെയും ആനന്ദിപ്പിക്കുന്നത് അങ്ങനെ വന്നുകഴിഞ്ഞാൽ ആരും ദുഃഖിക്കാൻ പാടില്ല പക്ഷെ ദുഃഖിക്കുന്നു എന്ന് കൊണ്ട് ധർമാനുരൂപം അവരവരുടെ പുണ്യമനുസരിച്ച് പുണ്യത്തെ കൂടി അപേക്ഷിക്കുന്നുണ്ട് പുണ്യം ഉണ്ടെങ്കിൽ ആത്മാവ് ആനന്ദ സ്വരൂപമാണെങ്കിലും അനന്തത്തെ അനുഭവിക്കാൻ കഴിയും അത് പുണ്യം കൊണ്ട് അനുഭവിക്കുക പാപം കൊണ്ട് ദുഃഖത്തെ അനുഭവിക്കുക ഇത് ഈശ്വരീയമായ നിയമമാണ് അപ്പം നിയമങ്ങളെ അടുത്തത് പറയുന്നു അത്തര അത്തരം നിയമങ്ങളെ നിലനിർത്തി എന്നതും ആത്മാവ് തന്നെ ആ പര ആത്മാ ആത്മാവ് നിയമങ്ങളിലൂടെ ഓരോ ജീവന്മാരെയും ആനന്ദിപ്പിക്കുന്നു സുഖേദി സൈവ ആത്മാ ആനന്ദോ അവിദ്യയാ പരിശിന്നോ വിഭാവ്യതണിഭേർ ഇത്യർത്ഥ വാസ്തവത്തിൽ ആത്മാവ് അതാനന്ദ ആത്മാവ് ആനന്ദസ്വരൂപനാണ് ആ ഏകമായ ആത്മാവ് തന്നെയാണ് ഓരോ ജീവനും പശുപക്ഷി സർവവും ആത്മാവ് തന്നെ അങ്ങനെയാണെങ്കിൽ ഇവിടെ ആനന്ദം മാത്രമേ അനുഭവപ്പെടാവൂ അത് സർവവ്യാപിയാണ് എന്തുകൊണ്ട് ദുഃഖം അനുഭവപ്പെടുന്നു എന്ന് പറയുന്നു അവിദ്യയാ പരിച്ഛന്ന പക്ഷെ അവിദ്യയാ പരിച്ഛന്നന ആനന്ദത്തെ ടാൻ ആനന്ദത്തെ അതിൻ്റെ പൂർണതയിൽ അനുഭവിക്കാൻ അനുവദിക്കാനന്ദത്തെ അതിൻ്റെ നിലയിൽ നിൽക്കാൻ അനുവദിക്കാത്ത ഒന്നാണ് അവിദ്യ അവിദ്യ കൊണ്ട് പരിച്ഛിന്നനായി അങ്ങനെ സർവവ്യാപിയായിരിക്കുന്ന ആ പരമാത്മാവ് ഓരോ ജീവഭാവത്തെയും പ്രാപിച്ചു ഈ ഭാവ്യതയെ അനുഭവപ്പെടുന്നു അങ്ങനെ ഞാൻ നീ ഇത്തരത്തിലുള്ള ഭേദം അതാണ് പരിച്ഛേദം ആ ഭേദത്തോടുകൂടി പ്രാണിഭി സർവ്വജീവന്മാർക്കും അനുഭവപ്പെടുന്നു അതുകൊണ്ട് വാസ്തവത്തിൽ അത് സ്വരൂപമാണെങ്കിലും അതിൻ്റെ സ്വരൂപമായ ആനന്ദത്തിൽ സ്ഥിതി ചെയ്യാൻ കഴിയുന്നില്ല അസ്ഥിത്വ ബ്രഹ്മുമ്പ് ചോദിച്ച ചോദ്യത്തിന് തരഫ് സർവരും ഏകമായ ആത്മാവാണെങ്കിൽ ഞാനീ തമ്മിലെന്താ വ്യത്യാസം അത് പറയുന്നു ഭയഭയഹേതുവ വിദ്വാനെ സംബന്ധിച്ചത് അഭയഹേതുവാണ് അവിദ്വാനെ സംബന്ധിച്ചത് ഭയഹേതുവാണ് ഒന്ന് തന്നെ എന്താ കാരണം അവിദ്യ വിദ്വാൻ അവിദ്വാൻ എന്നുള്ള ഭേദത്തെ സൃഷ്ടിക്കുന്നത് ആ വിദ്യയുടെ നാശവും ആ വിദ്യയുടെ സ്ഥിതിയും ഒന്ന് തന്നെ ഭയത്തിനും അഭയത്തിനും ഹേതുവായിരിക്കുന്നു രണ്ടിലും രണ്ടുപേരിലും ഇരിക്കുന്ന ഒരേ ഒരു ബ്രഹ്മൻ തന്നെ എന്നാലും ആ ഭേദം വരുന്നു സദ്വസ്തുവാശ്രയണേന അഭയം ഭവതി ആ സദ്വസ്തുവിനെ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞാൽ അസത്തായ അവിദ്യയെ മായയെ മായ കാര്യങ്ങളെ ആശ്രയിക്കാത്തത് കൊണ്ട് ഭയം വരുന്നു മറിച്ച് വിദ്വാൻ ആ സദ്വസ്തുവിനെ ആശ്രയിക്കുന്നു സത് നിഷ്ഠനായിരിക്കുന്നു ആത്മനിഷ്ഠനായിരിക്കുന്നു അഭയത്തിൽ പ്രതിഷ്ഠിതനായിരിക്കുന്നു അതാണ് വിദ്വാനെ ആ വിദ്വാനിൽ നിന്ന് വസ്തു ആശ്രയണേന ഭയനിവൃത്തി ഉപബദ്ധതയിൽ മായ മായയുടെ കാര്യമായിരിക്കുന്ന നാമരൂപാത്മകമായ വിഷയങ്ങൾ ജീവൻ അതുമായി ബന്ധപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഭയം രാഗം ദ്വേഷം തുടങ്ങിയ വികാരങ്ങൾ ഇതെല്ലാം അസത്താണ് ഇത്തരത്തിലുള്ള അസത് വസ്തുവാശ്രയനേന ഈ അസത് വസ്തുക്കളെ ആശ്രയിക്കുന്നതുകൊണ്ട് ഭയനിവൃത്തിരുപത്തി എങ്ങനെ ഭയനിവൃത്തി ഉണ്ടാവും ഭയനിവൃത്തി ഉണ്ടാകത്തില്ല മറിച്ച് ഭയത്തിൽ തന്നെയായിരിക്കും അതുകൊണ്ട് വിദ്വാനും അവിദ്വാനും ഏകമായ ആത്മാവാണെങ്കിലും വ്യത്യാസമുണ്ട് ഇവരുടെ ഭയമുണ്ട് മറ്റൊരിടത്ത് ഭയനിവൃത്തിയാണ് കഥം അഭേദത്വം എങ്ങനെയാണിത് അഭയഹേതുമാകുന്നത് അതടുത്ത് പറയുന്നു യഥാരിവേഷൻ അധ സോയോ യധകൃമ്രഷ്ടം വികാരോ ദർശന വികാര നദൃശ്യം അദൃശ്യം അവിടെ എന്തെ അവി അവിഷയഭൂരി അനഗ്മേ അശരീരേസ്മാദൃശ്യം തസ്മ്യം അത്മീം തസ്മ വിശേഷോ നിരീക്ഷത്തി വിശേഷച്ച വികാര അവിടെ ചർവാരേതു തസ് അനിക്തം യം തസ്മാനം ീട് ആശ്രയോ നിലയനം അനിലയനം അനാധാരം എപ്പോഴാണോ അവൻ അഭയ പ്രതിഷ്ഠിതനാകുന്നത് എങ്ങനെ ഈ ആത്മാവ് അഭയഹേതുവാകുന്നു പ്രതിഷ്ഠിതനാകുന്നത് എങ്ങനെയുള്ള ബ്രഹ്മം കിം വിശിഷ്ടേ ആ ബ്രഹ്മത്തെ എങ്ങനെ മനസ്സിലാക്കണം അല്ലെങ്കിൽ ആ ബ്രഹ്മത്തെ എങ്ങനെ അറിഞ്ഞിട്ടാണവൻ ഒരുവൻ അഭയത്തെ പ്രാപിക്കുന്നത് അല്ലെങ്കിൽ സ്വസ്വരൂപത്തിൽ ൂപമായിരിക്കുന്ന ആ ബ്രഹ്മത്തെ എങ്ങനെ സാക്ഷാത്കരിച്ചാൽ ഗുരുവിന് അഭയത്തെ പ്രാപിക്കാം അദൃശ്യമായി ബ്രഹ്മത്തെ ദൃശ്യം നമ്മ ദ്രഷ്ടവ്യം അത് ദൃശ്യമല്ല ബ്രഹ്മം ദൃശ്യമല്ല അദൃശ്യമാണ് ദൃശ്യം നമ്മ ദ്രഷ്ടവ്യം കാണാൻ യോഗ്യമായതെല്ലാം ദൃശ്യം കാണത്തക്കത് കാണേണ്ടത് അറിയേണ്ടത് കാണുക എന്ന് വെച്ചാൽ അവിടെ അറിയിക്കും കണ്ണുകൊണ്ട് കാണുക എന്നുള്ള അർത്ഥത്തിലല്ല കണ്ണുകൊണ്ടും മൂക്കുകൊണ്ടും നാക്കുകൊണ്ടും എല്ലാം ഗ്രഹിക്കാവുന്നത് മനസ്സുകൊണ്ട് ഗ്രഹിക്കാവുന്നതെല്ലാം ദൃഷ്ടവ്യം അത് കഴിയാത്തത് അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നു അദൃശ്യം അതാണ് അദൃശ്യം നാമദൃഷ്ടവ്യം വികാര അത് കാര്യങ്ങളാണ് നാമരോഗങ്ങളാണ് ദർശനാർത്ഥത്വ വികാരസ്യാണ് ഈ വികാരങ്ങളെല്ലാം എന്താണ് ഈ ജീവന്റെ ദർശനത്തിന് വേണ്ടിയിട്ടാണ് ജീവന്റെ അനുഭവത്തിന് വേണ്ടിയിട്ടാണ് ഉള്ളത് സർവ്വ വികാരങ്ങളും സർവ്വകാര്യങ്ങളും പരമാത്മാവ് ഈ പ്രപഞ്ചത്തെ സ്ഥൂലസൂക്ഷ്മൂപത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത് ജീവന്റെ ഉപഭോഗത്തിന് വേണ്ടിയിട്ടാണ് ആ ഉപഭോഗം തന്നെയാണ് ജീവന്റെ ദൃശ്യം ദൃശ്യം സർവവികാരവും അതിനു വേണ്ടിയാണ് ജീവൻ ഈശ്വരൻ സൃഷ്ടിച്ചു ജീവൻ അനുഭവിക്കുന്നു പക്ഷേ പരമാത്മാവ് എന്ന ദൃശ്യം അദൃശ്യം അവികാര അത് ദൃശ്യമല്ല അത് വികാരമല്ല അത് സ്വസ്വരൂപമാണ് അതിൽ നിന്നും സർവ സംഭവിച്ചു അത് സർവാധാരമായിരിക്കുന്നു അത് അവികാരമാണ് അങ്ങനെയുള്ളതായ ഏതസ്മിൻ അദൃശ്യേ അവികാരെ അത് അഭികാരമാണ് അതിന്റെ പരമമായ താല്പര്യം എന്താണ് ആ വിഷയഭൂതെ അത് വിഷയമല്ല എന്നറ ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ല മനസ്സിനും വിഷയമല്ല അനാത്മിയെ ആത്മ എന്നത് ശരീരം അനാത്മിയെ ആ ശരീരെ അത് ശരീരമില്ല ശരീരം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ തൻ്റെതായി അനുഭവിക്കുന്നത് ജീവൻ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് അഹം ഞാൻ മമ എന്റെ അല്ലെങ്കിൽ അഹം മമ ഈ രണ്ടഭിമാനത്തിനും വിഷയമായിരിക്കുന്നതാണ് ശരീരം ഇത് അശരീരമാണ് ആത്മാവൻ അങ്ങനെ അഭിമാനിക്കാൻ കഴിയില്ല ഇത് ഞാനാണ് ഞാൻ ആത്മാവാണ് അങ്ങനെ അഭിമാനിക്കാൻ കഴിയില്ല ഇതെന്റേതാണ് എൻ്റെ ആത്മാവാണ് അങ്ങനെ അഭിമാനിക്കാൻ കഴിയില്ല യസ്മാദൃശ്യം തസ്മാത് അനാത്മ്യം അത് വിഷയമല്ല വിഷയമല്ലാത്ത ഒന്നിലെങ്ങനെ അഭിമാനിക്കാൻ കഴിയും ഞാൻ എന്നഭിമാനിക്കാൻ ഞാൻ ആത്മാവാണ് എന്നും നമ്മൾ പറയാം എന്തുകൊണ്ട് അത് ആത്മാവാണെന്ന് അനാത്മാവിനെ ധരിച്ചിരിക്കുന്നു അതുകൊണ്ടങ്ങനെ പറയാൻ കഴിയുന്നു മനസ്സ് കാരണം ശരീരം ഇതിനെല്ലാം ആത്മാവാണെന്ന് ധരിച്ചിട്ട് നമ്മൾ പറയുന്നു ഞാനാത്മാവാണ് പരമാർത്ഥത്തിൽ അത് സാധ്യമല്ല എന്തുകൊണ്ട് അവിടെ അഹം അമ അഭിമാനത്തിന് നിലയില്ലാത്തതാണ് അത് അനാത്മ്യം യസ്മത് അനാഥ്യം തസ്മത് അനിരുക്തം വിശേഷവും നിരശ്ശി അത് നിർവചിക്കാൻ സാധ്യമല്ല ഇന്നതാണ് ഇന്ന രൂപത്തിലാണ് ഇനി നിർവചിച്ചാലോ അത് അപൂർണമാകും വാക്കുകൊണ്ട് വെളിപ്പെടുത്താവുന്ന സർവ്വത്തെയും നിർവചിക്കാം നിർവചിക്കുന്നത് വാക്കിലൂടെയാണ് പക്ഷെ അതിന് സാധ്യമല്ല അതുകൊണ്ട് ആ നിരുത്തം ഇനി ഇത് പറയാൻ പോകുന്നത് അടുത്ത ആനന്ദത്തെ കുറിച്ചാണ് പറയുന്നത് ആനന്ദം എന്ന് കേൾക്കുമ്പോൾ അത് നമുക്ക് പരിചയമുള്ളതാണ് സുഖം പ്രീതി സ്നേഹം ആനന്ദം എല്ലാം നമ്മളനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആനന്ദവുമായി താരതമ്യപ്പെടുത്തി പറയേണ്ട ഒരു ആനന്ദത്തെയല്ല ഇവിടെ പറയുന്നു എന്തുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ആനന്ദം താരതമ്യമുള്ളതാണ് ഏറ്റക്കുറച്ചിലുള്ളതാണ് അതികൂടെ ആ ഏറ്റക്കുറച്ചിനെ കുറിച്ച് പറയും ആ ഏറ്റക്കുറച്ചിലുള്ള ആനന്ദമല്ല ഇവിടെ പറയുന്നത് അതിനെ പ്രാപിക്കാൻ വേണ്ടിയിട്ടല്ല ഏറ്റക്കുറച്ചിലുള്ള ആനന്ദം എന്ന് പറയുമ്പോൾ എന്താണ് ഒരു ചെറിയ ആനന്ദം പിന്നെ ഒരു വലിയ ആനന്ദം അങ്ങനെ ഈ ചെറിയ ആനന്ദത്തിലൂടെ കടന്നുപോയി ഒരു വലിയ ആനന്ദത്തെ പ്രാപിക്കും അല്ലെങ്കിൽ ചെറിയ ആനന്ദങ്ങളെയൊക്കെ ഉപേക്ഷിച്ചിട്ടൊരു വലിയ ആനന്ദത്തെ പ്രാപിക്കും എന്ന് പറയുമ്പോൾ എന്താണ് ഒരു സാദിശീയമായ ആനന്ദമാണ് നമ്മുടെ അനുഭവത്തിലുള്ള ആനന്ദത്തോട് താരതമ്യം ചെയ്ത് നമ്മുടെ ബുദ്ധി ഗ്രഹിക്കുന്ന ഒരു വലിയ ആനന്ദം ആത്മാനന്ദം എന്നെല്ലാം പറയുന്നു അങ്ങനെ ഒരു ആനന്ദമല്ല ഇവിടെ പറയുന്ന ആനന്ദം എന്തുകൊണ്ടാണ് അനിരുക്തം അതിനെ വലുതെന്നോ ചെറുതെന്നോ നിർവചിക്കാൻ സാധ്യമല്ല അത് അനാത്മ്യം അതിലഭിമാനിക്കാൻ കഴിയില്ല എന്താണ് പറയുന്നത് ഞാൻ ആത്മാവാണ് അല്ലെങ്കിൽ ഞാൻ ആത്മജ്ഞാനിയാണ് ആത്മജ്ഞാനിയായതുകൊണ്ട് ഞാനിത് ആ വലിയ ആനന്ദത്തെ അനുഭവിക്കുന്നു വലിയ സുഖത്തെ അനുഭവിക്കുന്നതെന്നും പറയാൻ കഴിയില്ല എന്തുകൊണ്ട് അത് അനാത്മ്യമാണ് അഭിമാനത്തിന് വിഷയമല്ല മമതയ്ക്ക് വിഷയമല്ല എന്റേതെന്ന് പറയാൻ കഴിയില്ല അത് വിദ്വാൻ അങ്ങനെ അനുഭവത്തിൽ എന്താണ് നീ അജ്ഞാനിയാണ് നീ ദുഃഖിക്കുന്നു അവിദ്യ നീ ദുഃഖിക്കുന്നു ഞാൻ ജ്ഞാനിയാണ് അതുകൊണ്ട് നിനക്കില്ലാത്ത വലിയ ആനന്ദത്തെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ അജ്ഞാനിക്ക് പറയാൻ കഴിയില്ല എന്തുകൊണ്ട് അജ്ഞാനി ആയി കഴിയും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് അവിടെ ആനന്ദത്തിൽ അഭിമാനം വരും ഇതാണ് ആത്മീയമാണ് അഭിമാനിക്കത്തക്ക ഒന്നല്ല ഇനി അങ്ങനെ ഒരാ വലിയ ആനന്ദത്തെ അനുഭവിക്കുകയാണ് അതാണ് ബ്രഹ്മമൊന്നു വന്നു കഴിഞ്ഞാലോ ബ്രഹ്മാനന്ദംന്ന് അത് വികാരമാണ് അതാണ് ചെറുതിനെ അറിയാം ചെറുതിനോട് താരതമ്യപ്പെടുത്തിയാണ് വലുതെന്ന് നിറഞ്ഞത് അത് സാപേക്ഷികമായി സാപേക്ഷികമായതെല്ലാം വികാരമാണ് അപ്പോൾ ആത്മാനന്ദം അതും ഒരു വികാരമായി മാറും അത് സ്ഥായി അല്ലാതായി മാറും അപ്പോൾ ആനന്ദത്തെ പ്രാപിച്ചാലും ആനന്ദം നഷ്ടപ്പെടും അതുകൊണ്ടാണ് സാധാരണ പറയുന്നത് ആ ഇന്ന് ഇപ്പോ നല്ല സുഖം പക്ഷേ നാളെ ഈ സുഖം നഷ്ടപ്പെടുന്നു നാളെ ദുഃഖിയാകുന്നു ആത്മാനുഭവം അങ്ങനെ സാധിച്ച അത് വികാരമല്ല അതുകൊണ്ട് അതിൽ ഇന്ന് നാളെ എന്നുള്ള ഭേദമനുസരിച്ച് സുഖത്തിന്റെ ഏറ്റക്കുറച്ചല്ല അത് ഒരു തരത്തിലും അതിനെ വിശേഷിപ്പിക്കാൻ സാധ്യമല്ല വിശേഷിച്ച വികാര അികാരം ച്രഹ്മമാണോ അവികാരത്തിൽ എങ്ങനെ വലുത് ചെറുതെന്നുള്ള ഭാവം അഭികാരത്തെ നിങ്ങൾക്ക് എങ്ങനെ അനുഭവിക്കാൻ പറ്റും സർവവികാരേതുത്വ സർവ വികാരത്തിനും അത് ഹേതുവാണ് അത് ശരിയാണ് ഞാനിപ്പോൾ ആനന്ദം അനുഭവിക്കുന്നു ഒരു ചെറിയ ആനന്ദം പിന്നെ ഞാൻ എന്തെങ്കിലും ഉപായത്തിലൂടെ ഏതെങ്കിലും ഉപാധിയിലൂടെ ഒരു വലിയ ആനന്ദത്തെ അനുഭവിച്ചിരിക്കട്ടെ അത് ബ്രഹ്മജ്ഞാനമോ തപസ്സോ എന്തെങ്കിലും ഒരു ഉപായത്തിലൂടെ ഞാൻ വലിയൊരു ആനന്ദത്തെ അനുഭവിച്ചു കഴിഞ്ഞാൽ ആ അനുഭവിക്കുന്ന ആനന്ദം ഒരു വികാരമാണ് ആ വികാരത്തിന് ഹേതു ഏതു അതാണ് ബ്രഹ്മാത്മാവ് എന്നുകൊണ്ടത് സർവികാര ഹേതുത്വ സർവികാരത്തിന് ഹേ അതുകൊണ്ടത് വികാരമല്ല അതിൻ്റെ അനുഭവം അല്ല വികാരാനുഭവം നിരുദ്ധം അതുകൊണ്ട് അതിനെ നിർവചിക്കാൻ സാധ്യമല്ല ആനന്ദം ശാന്തി എന്നെല്ലാം പറയുന്നത് പരിയായ ശബ്ദങ്ങളാണ് പക്ഷെ ഈ ശബ്ദങ്ങൾ കൊണ്ടൊന്നും തന്നെ അതിനെ നിർവചിക്കാൻ സാധ്യമല്ല യഥം തസ്മത് അനിലയനംയനം നീല ആശ്രയോ നലയനം അനുലയനം അനധാരം തസ്ൻതീ അനാത്മീ അനുലയനിധർമ്മ വിലക്ഷണി ബ്രഹ്മണിതി വാക്യാ അതുകൊണ്ടെന്താണ് ഇത് അനിലയനമാണ്യനം നീല ആശ്രയം നന്ദയനം അനലയനം അനധാരം ഞാൻ ആനന്ദത്തെ അനുഭവിക്കുന്നു വലിയ ആനന്ദത്തെ അനുഭവിക്കുന്നു ലൗകികന്റെ ആനന്ദമല്ല ഇവിടെ പറയുന്ന ദേവന്മാരുടെയും ഗന്ധർവന്മാരുടെയും ബ്രഹ്മാവിന്റെയും മറ്റും ആനന്ദം പോലെയുള്ള ഒരനുഭവം അങ്ങനെ ഞാൻ ഒരു അനുഭവത്തെ അനുഭവിക്കുകയാണെങ്കിൽ ചോദ്യം ഒരു അനുഭവിക്കുന്നു ഞാൻ അപ്പോൾ അനുഭവിക്കുന്നവൻ അനുഭവത്തിൽ നിന്നും വ്യത്യസ്തനാണ് അപ്പോ എന്റെ അനുഭവത്തിനൊരാധാരമുണ്ടത് ഞാൻ എല്ലാ അനുഭവങ്ങൾക്കും ആധാരമായിരിക്കുന്നു ഞാനാണ് അനുഭവം കൊണ്ടല്ലാം ആധാരമുണ്ട് പക്ഷേ ഈ ആനന്ദത്തെ കുറിച്ച് പറയുന്നത് എന്താണ് അത് അനിലയനം അതിന് ആധാരമില്ല പറയുമ്പോൾ എന്റെ ആനന്ദം പറയാൻ കഴിയത്തില്ല അങ്ങനെ വിശേഷിപ്പിക്കാൻ കഴിയത്തില്ല മറിച്ച് ഞാൻ സ്വയം അതാണ് ആനന്ദമാണ് അവിടെ എന്റെ ആനന്ദമൊന്നുമില്ല ഇത് അനാധാരമാണ് തസ്മിനെ തസ്മിൻ അദൃശ്യേ ഈ പറഞ്ഞ വിശേഷങ്ങളോടുകൂടിയിരിക്കുന്ന ആ പരമാത്മാവ് അനാഗ്മി അനയനെ സർവകാര്യധർമ്മ വിലക്ഷണേ ബ്രഹ്മണി സർവകാര്യധർമ്മങ്ങളിൽ നിന്നും വേറിട്ടിരിക്കുന്ന ആനന്ദം ഉൾപ്പെടെയുള്ള കാര്യധർമ്മങ്ങൾ അതിൽ നിന്നെല്ലാം ഭിന്നനായിരിക്കുന്ന ബ്രഹ്മണി ആ ബ്രഹ്മത്തിൽ അബ്രഹ്മെന്താണ് അഭയം ഇരി ക്രിയാവിശേഷണം അഭയം എന്ന് പറയാം അഭയം യഥാസ്യത അവയൻ അഭയപ്രതിഷ്ഠിതനാകുന്നുയെ അവൻ പ്രാപിച്ചിരിക്കുന്നു ആഭയശൂന്യതയിൽ നിന്നാണ് ഇവിടെ ബാഹ്യമായ വ്യാവഹാരികമായ ഭയവും അഭയവും എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അഭയസ്ഥിതനാകുന്നു അവിടെ അഭയത്തെ പ്രതിഷ്ഠയുടെ വിശേഷമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അഭയാം എന്ന് പറഞ്ഞു അതുകൊണ്ട് ഭാഷ്യകാരം പറയുന്നു അഭയാം ഇതിവ ലിംഗാന്തരം പറഞ്ഞു അഭയം എന്ന് പറയുന്നതിന് പകരം അഭയാം സ്ത്രീലിംഗത്തിനുപയോഗിക്കും ലിംഗാന്തരം പരിഗണന അങ്ങനെ പറഞ്ഞാലും ദോഷമില്ല അഭയരൂപത്തിലുള്ള പ്രതിഷ്ഠ സ്ഥിതി പ്രതിഷ്ഠ സ്ഥിതി ആത്മഭാവം ബിന്ദത ലഭത പ്രതിഷ്ഠ സ്ഥിതി നിലനിൽപ്പ് ഇരിപ്പ് എന്താ ബ്രഹ്മത്തിൽ ഇരിക്കുന്നു അങ്ങനെയല്ല ആത്മഭാവം ബിന്ദത ലഭ്യത പ്രാപിക്കുന്നു സംസാര അതീതമായ ഭാവം എന്നാണ് ആത്മഭാവം അവൻ ആത്മഭാവത്തെ പ്രാപിക്കുന്നു അധ തഥാ സ തസ്മിൻ നാനാത്വസായ ഭയഹേതു അവിദ്യ കൃതസനാത് അഭയങ്കതോഭവതി ആ സമയത്ത് അവൻ അഭയപ്രതിഷ്ഠിതനാകുമ്പോൾ ഈ ദ്വൈതത്തെ അവിദ്യയെ നിരാകരിച്ച് അഭയസ്ഥിതനാകുമ്പോൾ നാനാത്വസ്യ ഭയഹേതുവർ അവിദ്യാകൃത അദർശന നാനാത്വമില്ല അവിദ്യാകൃതമായ നാനാത്വമില്ല അതാണ് ഭയത്തിന് ഹേതവുമായിരിക്കുന്നത് അതില്ലാത്തതുകൊണ്ട് അഭയങ്കൃതവും ഭൂതി അവൻ അഭയപ്രതിഷ്ഠിതനാകും സ്വരൂപപ്രതിഷ്ഠ്യസവും യഥാഭൂതി തഥാർത്ഥം സ്വരൂപപ്രതിഷ്ഠിതനാകും മറ്റൊരിടത്തവൻ യരഹിതനായിത്തീരുന്നു അവനെന്തിനു ഭയഗുണം എന്തുകൊണ്ട് ഭയമില്ലാത്മനേവത്മനോ ഭയം യുക്തം തസ്മാൻ സ്വരൂപപ്രതിഷ്ഠോഹ്യസു യഥാതി തീത് പശ്യതി നീ ശൃണോതി നയത് വിജാതി അനു സ്വരൂപ്രതിഷ്ഠാൽ സ്വരൂപ പ്രതിഷ്ഠിതനാകുമ്പോൾ തഥാ നാന്യ പ്രശ്തി അവൻ മറ്റൊന്നിനെ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ സ്വരൂപ പ്രതിഷ്ഠിതനാകുമ്പോൾ അവന്റെ കണ്ണു പ്രവർത്തിക്കുന്നില്ലെന്നല്ല കണ്ണുകൊണ്ടൊന്നിനും കാണാൻ കഴിയുന്നില്ലെന്നല്ല നാൻസ് അവനൊന്നിനെയും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ ചെവിക്ക് കേൾവി ശക്തി ശക്തി നഷ്ടപ്പെടുന്നു എന്നല്ല ിജാനാദി അവൻ മറ്റൊന്നിനെ അറിയുന്നില്ല അവൻ്റെ മനസ്സിന് മറ്റുള്ള എല്ലാത്തിനെയും അറിയുന്നതിനുള്ള ശേഷി നഷ്ടപ്പെട്ടു അങ്ങനെയല്ല സ്വരൂപപ്രതിഷ്ഠിതനാകുമ്പോൾ അവൻ അന്യമായി ഒന്നിനെയും കാണുന്നില്ല അവൻ അറിയുന്നതെല്ലാം അത് തന്നെ അതല്ലാതൊന്നിനെയും അവൻ അറിയേണ്ടതായി വരുന്നില്ല അല്ലാതെ മറ്റൊന്നിനെ അറിയുന്നില്ല എന്നുള്ളതാണ് അത് പറയും സ്വരൂപ പ്രതിഷ്ഠിതനാകുമ്പോൾ ഈ പ്രപഞ്ചത്തെ വിസ്മരിച്ചിട്ട് സമാധിയിലിരിക്കണ്ടേ സമാധി എന്ന് പ്രപഞ്ച വിസ്മരണം സംഭവിക്കുന്ന അവസ്ഥ എന്നല്ല എന്റെ അർത്ഥം കാരണം അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ അവൻ സ്വരൂപ പ്രതിഷ്ഠിതനാകണം എന്നും കാരണം സമാധിക്ക് പല വഴികളുണ്ട് സമാധിക്ക് പല നിലകളുണ്ട് അതിലേതാണ് അവസാനത്തേതെന്ന് നിശ്ചയിക്കാൻ പ്രയാസമാണ് അവിടെ പ്രപഞ്ചവിസ്മരണം സംഭവിക്കുന്നു പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവുണ്ടാകുന്നില്ല അത് ശരി പക്ഷെ അതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നു ഇവിടെ എന്തറിയുന്നതോ അതിനവൻ അന്യമായി അറിയുന്നില്ല ഇവിടെ അവൻ്റെ മനസ്സ് പ്രവർത്തിക്കുന്നതോ ഇന്ത്യങ്ങൾ പ്രവർത്തിക്കുന്നതോ ഒന്നും ശുന്യൂദിനാൻ വിജാനാതി അന്യസ് അന്യദോ ഭയം ഭയത്തിന്റെ മൂലകാരണത്തെ കുറിച്ച് പറയും മറ്റൊന്നിൽ നിന്ന് ഭയം ഒരുവൻ മറ്റൊന്നിനെ ഭയക്കാം രണ്ടാമതായി മറ്റൊന്നിനെ കാണുന്നത് ഭയത്തിന് കാരണമായി തീരും പക്ഷെ ഇവിടെ രണ്ടാമതായി മറ്റൊന്നില്ല ഭയകാരണമില്ല അന്യസ്ഥിഹി അന്നതോ ഭയം ഭവതി ഒരുവൻ അന്യനിൽ നിന്ന് ഭയമുണ്ടാകാം ഒന്നിനും മറ്റൊന്നിൽ നിന്ന് ഭയമുണ്ടാകാം സർവവും ആത്മാവായി ഇരിക്കുന്നവന് അവന് ഭയത്തിന് നിമിത്തമില്ല എന്നാത്മനയോ ആത്മനോ ഭയം മതി തനിക്ക് തന്നിൽ നിന്ന് ഭയം ആ തനിക്ക് പരമാവധി ഇതല്ല മനസ്സിനെ വരെ ഭയക്കാം പക്ഷേ മനസ്സിനും ആധാരമായിരിക്കുന്ന തന്നെ തനിങ്ങനെ ഭയത്തും അവിടെ രണ്ടില്ല ഭയത്തിനു ഹേതു ദോയിതമാണെന്ന് അന്യസിഹി അന്യതു ഭയംഭോതി ഇന്ന് ആത്മനേവ ആത്മനോ ഭയം യുക്തം തനിക്ക് തന്നെ ഭയക്കുക അങ്ങനെ ഒന്നും വേണ്ടി വരുന്നില്ല തസ്മ ആത്മേവ ആത്മനോ അഭയ കാരണം അതുകൊണ്ട് തനിക്ക് തന്നിൽ നിന്ന് ഭയം ഉണ്ടാക്കാത്തത് കൊണ്ട് അഭയം വേണമോ തന്നെ തന്നെ ആശ്രയിക്കുക ആത്മീയവും ആത്മനോ അഭയകാരണം ആത്മാവാണ് താൻ തന്നെയാണ് തൻ്റെ അഭയ സ്വരൂപം അഭയം തൻ്റെ സ്വരൂപമാണ് അഭയം ആനന്ദം ശാന്തി എന്ന പര്യായ ശബ്ദങ്ങളാണ് ആധ്യാത്മികമായ സന്ദർഭത്തിൽ അപ്പം അവനന്ദ ചെയ്യുന്നു അഭയത്തെ പ്രാപിച്ചിരിക്കുന്നു ആനന്ദത്തെ പ്രാപിച്ചിരിക്കുന്നു അവൻ ശാന്തിയെ പ്രാപിച്ചിരിക്കുന്നു എല്ലാത്തിനും താല്പര്യമൊന്നും അവിടെ വ്യത്യാസം സർവദോഹി നിർഭയാ ബ്രാഹ്മണാഹ ദൃശ്യന്റെ സസുഭയഹേതുഷു തച്ചായുക്തം അസതി ഭയത്രാണേ ബ്രാഹ്മണി പറയുന്നു ലോകത്ത് തന്നെ കാണാം സർവത നിർഭയാഹ ബ്രാഹ്മണാഹ ദൃശ്യ നിർഭയന്മാരായ ബ്രാഹ്മണന്മാർ തത്വനിഷ്ഠ കൊണ്ട് തത്വജ്ഞാനം കൊണ്ട് ഭയത്തെ ദൂരീകരിച്ചവർ അവർ ഒന്നിനെയും ഭയക്കുന്നില്ല അതാണ് സർവതഹ നിർഭയാഹ ഒന്നിനെയും ഭയക്കാത്തവർ ബ്രാഹ്മണാഹ വിദ്വാൻമാർ അങ്ങനെയുള്ള വിദ്വന്മാരെ കാണുന്നുണ്ട് ബ്രാഹ്മണ സമദർശന അങ്ങനെയുള്ള വിദ്വാൻമാർ സസുഭയ ഹേതുഷു ഭയത്തിനുള്ള ഹേതുക്കൾ തന്നിലും പുറത്തുമുള്ളപ്പോഴും ഭയത്തിന് ഹേതുവായിരിക്കുന്ന എന്താണ് താൻ ശരീരത്തോടുകൂടിയിരിക്കുന്നത് രോഗാദികൾ ഭയത്തെ ഉണ്ടാക്കുന്നതാണ് വ്യാധി ഭയത്തെ ഉണ്ടാക്കുന്നതാണ് മരണം ഭയത്തെ ഉണ്ടാക്കുന്നതാണ് അങ്ങനെയുള്ള ഹേതുക്കൾ പ്രപഞ്ചത്തിൽ നിലനിൽക്കെ തന്നെ ബ്രാഹ്മണൻ അഭയ അഭയസ്വരൂപനായി കാണപ്പെടുന്നു അതുകൊണ്ട് വരുന്ന തച്ച യുക്തം അസതി ഭയത്തിലാണ് ബ്രഹ്മൻ അതുകൊണ്ട് ഭയത്രാണ് ഭയത്തിൽ നിന്ന് രക്ഷിക്കുന്ന ബ്രഹ്മം ഉള്ളപ്പോൾ അങ്ങനെ ഭയത്തിന് ഭയക്കേണ്ട കാര്യമില്ല അഭയമാണ് ഭയം വിഷയം ലൗകികമായ ഭയമുണ്ട് ആത്മീയമായ ഭയമുണ്ട് എല്ലാമുണ്ട് പക്ഷേ അഭേദദൃഷ്ടയിൽ തത്വനിഷ്ഠയിൽ ഭയത്തിന് യാതൊരു തസ്മാാം അഭയദർശന അസ്ഥി തത് അഭയ കാരണം ബ്രഹ്മാ അതുകൊണ്ട് വിദ്വന്മാർ അഭയസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു അവർ അഭയരൂപികളാണ് തസ്മാ അഭയദർശന അഭയത്തെ ദർശിക്കുന്നു ആനന്ദത്തെ ദർശിക്കുന്നു സ്വസ്വരൂപത്തെ ദർശിക്കുന്നു ആത്മാവിനെ ദർശിക്കുന്നു ബ്രഹ്മത്തെ ദർശിക്കുന്നു എല്ലാവരെയർത്ഥം തന്നെ അത് വിദ്വാൻമാരിൽ കാണുന്നുണ്ട് അതുകൊണ്ട് എന്താണ് അത് അഭയകാരണം ബ്രഹ്മ അതുകൊണ്ട് അഭയകാരണമാണ് ബ്രഹ്മ കഥാസോ അഭയമുഖതോ ഭഗതി സാധകോ എപ്പോഴാണ് ഈ സാധകൻ അഭയത്തെ പ്രാപിക്കുന്നത് അഭയത്തെ വേണ്ടി പരിശ്രമിക്കുന്ന ഒരുവൻ എന്ന് എപ്പോൾ അഭയത്തെ പ്രാപിക്കും പറഞ്ഞാൽ ആത്മനിച്ച അന്തരം ഭേദം എന്ന കുരുത്തി തദാഭിയതോ ഭൗതിയത്ഥ എപ്പോഴാണോ മറ്റൊന്നിനെ അറിയാതിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സർവത്തെയും ആത്മാവായി തന്നെ അറിയുന്ന സർവത്തിനും ആധാരമായിരിക്കുന്ന ആത്മാവിനെ അറിയുന്നത് ആത്മാവിൻ സർവവും നിലനിന്നോട്ടേതവന് ഭയത്തിലുണ്ടാകുന്നു എന്തുകൊണ്ട് താൻ സർവാധാരമായ ആത്മനെ ചന്ദനം ഭേദം എന്നൊക്കെ ആത്മാവിനും ഭേദത്തെ സൃഷ്ടിക്കുന്നില്ല ഞാൻ നീ എന്റെ സുഖം നിന്റെ സുഖം എന്റെ ദുഃഖം നിന്റെ ദുഃഖം ഇത്തരത്തിലുള്ള ഭേദത്തെ സൃഷ്ടിക്കുന്നില്ല തദാഭയം കിട്ടും അഭയത്തെ പ്രാപിച്ചിരിക്കുന്നു അതാണ് അഭയത്തിന്റെ അടയാളം യഥാ പുനരവിദ്യ ഉപസ്ഥാരി ഇനിസിറ്റ് ഉള്ള യഥാവിനൊരു അവിദ്യാവസ്ഥ അവിദ്യാവസ്ഥയിൽ മന്ത്രത്തിൽ പറയുന്നു അന്തരം ഗുരുതേ യഥാ പുനരവിദ്യാവസ്ഥയാം രണ്ടാവസ്ഥയോ ഒന്ന് അവിദ്യാവസ്ഥ ഒന്ന് വിദ്യാവസ്ഥ അവിദ്യാവസ്ഥയിൽ ഈ കാലദേശങ്ങളെല്ലാം ഈ കാലദേശത്തെ ആശ്രയിച്ചു വരുന്ന സംസാരം ഈ സംസാരത്തിന്റെ ഭാഗമായി വരുന്ന ഭയഹേതു ദുഃഖഹേതു അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ദുഃഖഭയാദികൾ മറിച്ച വിദ്യാവസ്ഥയിൽ അവിടെ അഭയം അഭയപ്രതിഷ്ഠ അത് വിശദമാക്കുന്നു യഥാപുന വിദ്യാവസ്ഥ വിദ്യവാനെ കുറിച്ചിരിക്കുന്നു വിദ്യയാതം വസ്തു വിദ്യയെ കൊണ്ട് നേടിയ വസ്തു വിദ്യയെ കൊണ്ട് സാക്ഷാത്കരിച്ച വസ്തു എന്ന് പറയാം കൈമരിക ദിരിയ ചന്ദ്രിതി അതിനുപെട്ടിട്ട് അതല്ലാതെ അവിദ്യ കൊണ്ട് സാക്ഷാത്കരിച്ച വസ്തുക്കളെ തൈമരിക ദ്വിതീയ ചന്ദ്രമുണ്ടവൻ കാണുന്ന രണ്ടാം ചന്ദ്രനെപ്പോലെ പശ്യതി ഈ രണ്ടാം ലോകത്തെ കാണുന്നു ആത്മലോകത്തെ വിട്ടിട്ട് മറ്റൊരു ലോകത്തെ കാണുന്നു നാമരൂപാധികൾ വിഷയങ്ങളോടുകൂടിയ ഈ ലോകത്തെ കാണുന്നു ആത്മന് ചെയ്തശ്മിൻ അങ്ങനെയുള്ളവൻ ഈ ആത്മാവിൽ സ്വസ്വരൂപത്തിൽ ഉദപി അരം അൽപമബി അന്തരം ഛിദ്രം ഭേദർശനം അല്പമെങ്കിലും ഭേദത്തെ കാണുകയാണെങ്കിൽ അന്തരകർണം ഭേദകർണം ഇവിടെ ഭേദത്തെ ഉണ്ടാക്കുക അന്തരകർണമെന്ന് പറഞ്ഞെന്താണ് ഭേദത്തെ അനുഭവിക്കുക അവനൊരു ഭേദം അല്പമി പശ്യത്തി ആ ഭേദത്തെ അവൻ ലേശമെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലവൻ ഭേദത്തെ കണ്ടു കഴിഞ്ഞാൽ ആ ഭേദദർശിക്ക് ആത്മനഹ ഭയംഭോധ്യ അവൻ ഭയം വരുന്നു നമ്മുടെ അനുഭവത്തിലും അങ്ങനെ തന്നെ ഇവിടെ പറയുന്നു ദാസോഹം തസ്യദേവസ്യ മമ മമ ആരാധ്യ പരമേശ്വര ഇതി ഭേദം വിദ്വാൻ കഥം എന്താണ് ഭേദ ദർശനം പരമാത്മാവിൽ ഭേദത്തെ വന്ന് ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് നാനാത്വത്തെ പ്രപഞ്ചത്തിന്റെ നാനത്വത്തെ ദർശിച്ചുകൊണ്ടിരിക്കെ തന്നെ പരമാത്മാവിൽ ഭേദ വരാൻ പാടില്ല അതെങ്ങനെ വരുന്നത് ദാസോഹം ഞാനാ പരമാത്മാവിന്റെ ദാസനാണ് തസ്യദേവസ്യ ദേവന് ഞാൻ ദാസനായിരിക്കുന്നത് കൊണ്ട് ആ ദേവൻ എന്നാൽ ആരാധിക്കപ്പെടേണ്ടവനാണ് സപരമേശ്വരൻ അവനാണ് പരമാത്മാവ് ഞാൻ പരമാത്മാവല്ല ഞാൻ ദാസനാണ് പരമാത്മാവ് ശ്രേഷ്ഠനാണ് ഞാൻ പരമാത്മാവിനെ സർവാത്മന ആരാധിക്കണം എന്നെല്ലാം കരുതുന്നു അവൻ അവിദ്വാനാണ് അവൻ അഭയത്തെ കാണുന്നവനാണ് ഇത് പറയുന്നത് അദ്വൈതമാണ് അദ്വൈതത്തിൽ ഇത് ശരിയാണ് അപ്പൊ ഭക്തനോടത് പറഞ്ഞിട്ട് കാര്യമില്ല ഭക്തൻ എന്ത് കരുതുന്നു ഞാൻ ദാസനാണ് ഞാൻ പരമാത്മാവിനെ ആരാധിക്കേണ്ടവനാണെന്ന് കരുതുന്നു അത്തരത്തിലുള്ള സാധനയും നിഷേധിക്കുക അല്ല ഇവിടെ ചെയ്യുന്നു അത്തരത്തിലുള്ള ഒരു ഭാവന ഭക്തന് പാടില്ലെന്നല്ല പറയുന്നു ഇവിടെ പറയുന്നത് അദ്വൈതം എന്താണെന്ന് പറയുക അദ്വൈതത്തിന്റെ കാഴ്ചപ്പാട് അദ്വൈത ദർശനം എന്താണ് അദ്വൈത ദർശനത്തിന് ഇതിന്റെ ആവശ്യം ഞാൻ ഭഗവാന്റെ ദാസനാണ് ഭഗവാന്റെ ഭക്തനാണ് ഭഗവാൻ പരമാത്മാവാണ് ഇന്നും ചിന്തിക്കേണ്ട കാര്യം അദ്വൈത അത് അദ്വൈത വിരുദ്ധമാണ് ആ അദ്വൈത വിചാരത്തിന് അസമർത്ഥനായിരിക്കുന്ന ഭക്തിയുടെ ഭാവത്തിൽ ഇങ്ങനെ വിചാരിക്കണം ദോഷമില്ല പക്ഷെ ഇതാണ് അദ്വൈതമെന്ന് ധരിക്കരുത് അതുകൊണ്ട് പ്രത്യേകം എടുത്ത് പറയുന്നു ദാസോഹം തസ്യസ്യ ഞാൻ ആ ദേവന്റെ ദാസനാണ് മം ആരാധ്യ പരമേശ്വര ഞാൻ ആ പരമേശ്വരനെ ആരാധിക്കേണ്ടവനാണ് എന്ന് കരുതുന്ന ഭക്തിസാധന അല്ല അദ്വൈത ഭാവന രണ്ടിൽ രണ്ടാണ് അദ്വൈത മനനവുമായതിന് ബന്ധമുണ്ട് അപ്പൊ അത് പാടുണ്ടോ ആർക്കാണോ ഈ അദ്വൈത ഭാവനയിൽ നിഷ്ഠയില്ലാത്ത ആരാണോ അഭയപ്രതിഷ്ഠതയെ പ്രാപിക്കാതിരിക്കുന്നത് അവനാവാ അവനീ ഭക്തിഭാവനാവാ മറിച്ച് ഈ ഭക്തിഭാവന അദ്വൈതമാണ് എന്ന് ധരിപ്പിക്കാൻ പാടില്ല ആരെയും അതല്ല അദ്വൈതം അത് മറ്റൊരു സാധനം അതിനേതായ ഫലമുണ്ട് ഗുണങ്ങളുണ്ട് അപ്പൊ ഇവിടെ അത് അല്ല എന്ന് പറയുന്നത് ഭക്തി സാധനങ്ങളെ നിഷേധിക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് അദ്വൈതത്തെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് യകാരണംുഷ തേദർ സംസാരം വിദുഷ്ടേ ർശന വിദുഷ്രഹ്മത്തെ തന്നെ അവൻ ഭയക്കുന്നു ഈശ്വരനെ തന്നെ ഭയക്കുന്നു എങ്ങനെ ഈശ്വര അന്യോ മത്തോ ഈശ്വരനില് നിന്നും വേറിട്ടാണോ അഹമന്യ സംസാരി ഞാൻ സംസാരിയാണോ അദ്വൈതഭാവനയിൽ ഇങ്ങനെ ചിന്തിക്കുന്നില്ല എന്താണ് ഞാൻ ബന്ധനത്തിലാണോ ഞാൻ സംസാരിയാണ് എനിക്ക് സംസാരത്തിൽ നിന്ന് മോചിക്കണം ഇത്തരം ചിന്തകളില്ല അദ്വൈത മനത്തിൽ അതിൻ്റെ ആവശ്യമുണ്ട് അതാണ് ഈശ്വരോ അന്യോ മത്വാഹമന്യൂ സംസാരിത്യവും വിദ്ഷ എന്നും അറിയുന്നവരുണ്ട് അങ്ങനെ കരുതുന്നവരുണ്ട് ഭേദദിഷ്ടം ഈശ്വരാഖ്യം തദവ ബ്രഹ്മ അല്പമി അന്തരം കുറുവത ഭയംഭവത്തി അവൻ ഈശ്വരനെ വിരട്ടുകാണുന്നു തതീവ ബ്രഹ്മ അത് അഭിയാന്തരം ക്രൂതാവ ഭയംഭവതി അങ്ങനെ ഭേദദൃഷ്ടിയുള്ളവൻ ബ്രഹ്മത്തെയും ഭയക്കുന്നു ഏകത്വനമന്വാനസ്യം ഏകത്വ ബോധമില്ലാത്തവന് ഭയം ഉണ്ട് ആ ഭയം ആനന്ദം ശാന്തി അത് എങ്ങനെ ഒരുവന്റെ സ്വഭാവം തന്നെയായിരിക്കും കാരണം അത് ഒന്നാണ് അതുകൊണ്ട് അതെങ്ങനെ ആത്മാവിൻ്റെ സ്വരൂപം തന്നെയായിരിക്കും അവിടെ എങ്ങനെ ഭയം ഒഴിവാകുന്നു അതാണ് പറയുന്നത് വിദ്വാനി അവിദ്വാനേ വാസു അതുകൊണ്ട് ഒരുവൻ സർവശാസ്ത്രങ്ങളും അധ്യയനം ചെയ്യും ആത്മതത്വത്തെ ഗ്രഹിച്ചു എല്ലാമായെങ്കിലും അവന് സ്വസ്വരൂപമായി അഭയത്തെ ്രഹിക്കാൻ കഴിയുന്നില്ല അസ്വസ്ഥരവുമായി ആനന്ദത്തെ ഗ്രഹിക്കാൻ കഴിയുന്നില്ല അവൻ വിദ്വാൻ അഭി അവിദ്വാനേവോ അവൻ വിദ്വാനാണെങ്കിലും ശാസ്ത്രപണ്ഡിതനാണെങ്കിലും ശരി അവൻ അവിദ്വാൻ തന്നെയാണ് അപ്പോ ഇവിടെ പറയുന്നതിന് താല്പര്യം എന്താണ് അദ്വൈതത്തിൽ അല്പം പോലും വിട്ടുവീഴ്ച ചെയ്യാൻ സാധ്യമല്ല അതിൽ വിട്ടുവീഴ്ച ചെയ്യുന്നതല്ല യോഗമോ ഭക്തിയോ മറ്റെന്തെങ്കിലും അതന്നെ അതിൻ്റെതായ സാധന മാർഗങ്ങളാണ് അവിടെ അതിൻ്റെതായ ഭാവനകളൊക്കെ ആകാം പക്ഷേ അദ്വൈതത്തിൽ അതൊന്നും സാധ്യമില്ല യോ എം ഏകം അഭിന്നം ആത്മതത്വം നവശരി അവനെന്ത് ചെയ്യുന്നു അഭിന്നമായ ഈ ആത്മതത്വത്തെ കാണുന്നില്ല ഉച്ഛേദേതു ദർശന പക്ഷെ അവനറിയാമെന്താണ് ഇത് സർവവും നശിക്കുന്നതാണ് ഈ നാശത്തിനൊരു ഹേതു കൊണ്ടെന്നറിയാം അവൻ ഉച്ഛേദത്തിന് കാരണത്തെ കാണുന്നുണ്ട് എങ്ങനെ വിവേകിയാണ് ഇതെല്ലാം സൃഷ്ടമാണ് ഇതെല്ലാം നിലനിൽക്കുന്നു ഇതൊക്കെ നാളെ നശിക്കും താനും നശിക്കും ഇതൊക്കെ ഇങ്ങനെ നശിക്കണമെങ്കിൽ ഇതിനൊരു കാരണം കാണും ഇതൊക്കെ അവനറിയാം പക്ഷെ ഉച്ഛേദ്യാഭിമത അവൻ നശിക്കുന്നവനാണെന്ന് കരുതുന്നത് കൊണ്ട് ഭയംഭവതി സ്വയം അവന് ഭയം ഉണ്ടാകുന്നു ഉച്ഛേദ കാരണത്തെ അറിഞ്ഞിട്ടും തനിക്ക് ഉച്ഛേദം സംഭവിക്കുമെന്നറിഞ്ഞവൻ ദുഃഖിക്കുന്നു തൻ്റെ ന്യൂനതകൾ എന്ന് ദുഃഖിക്കുന്നു തൻ്റെ നഷ്ടത്തിൽ നാശത്തെ ദുഃഖിക്കുന്നു തൻ്റെ പോരായ്മകളിൽ ദുഃഖിക്കുന്നു ഇതൊക്കെ തത്വ്ഞാനി കുറിച്ച് പറയാൻ സാധ്യമല്ല അതൊക്കെ ഭക്തനെ സംബന്ധിച്ചാളാം അനുച്ഛേദ്യൂഹി ഉച്ഛേദേതു പക്ഷെ വാസ്തവത്തിൽ എന്താണ് ഇതൊക്കെ എവിടുന്നുണ്ടായി നല്ലതെന്ന് നശിക്കുന്നു അതിനൊരു ഇടം വേണം അതാണ് ആ പരമാത്മാവ് അത് ഇതിന്റെ എല്ലാം നാശം വരെയുള്ള ഷഡ്വികാരങ്ങൾക്കും കാരണക്കാരനാണെങ്കിലും അനിച്ഛേദന അതിന് നാശം സംഭവിക്കുന്നില്ല താൻ അതാണ് അതുകൊണ്ട് തനിക്ക് നാശം സംഭവിക്കുന്നില്ല പിന്നെ താൻ എന്തിനും ഭയക്കണം തനിക്ക് ഭയക്കേണ്ട കാര്യമില്ല അനിച്ഛേദ്യു വിച്ഛേദേതു തസ്മെന്ന അസതി വിച്ഛേദേതു ഉച്ഛേദിന തദ്ദർശനകകാര്യം ഭയം യുക്തം ഉദ്യേ അത് നശിക്കുന്നതല്ല എന്നറിയുന്നവന് ഭയമുണ്ടാകുന്നില്ല എന്നാൽ തദ്ദർശനകാര്യം ഭയമുക്തം അവന് ഉച്ഛേദ്യങ്ങളെ കണ്ടിട്ട് ഭയമുണ്ടാകുന്നില്ല ഉച്ഛേദത്തിന്റെ ഹേതു നശിക്കുന്നതാണെന്ന് അറിഞ്ഞിട്ട് ഭയം ഉണ്ടാകുന്നില്ല അത്തരം അറിവുകളിലൂടെ അവന് ഭയമുണ്ടാകുന്നില്ല സർവസംഭർത്താവായ ഈശ്വരനെ അവൻ ഭയത്തില്ല ഈശ്വരനാണ് സർവസംഹാരം സൃഷ്ടിക്കുന്നതെന്ന് അവൻ അറിയുന്നു സർവസംഹാരത്തെ ഉണ്ടാക്കുന്നതെന്ന് അവൻ അറിയുന്നു സൃഷ്ടിച്ചതുകൊണ്ട് അങ്ങനെയുള്ള ഈശ്വരനിൽ അവന് ഭേദചിന്തയില്ല ആ ഈശ്വരൻ അവൻ അനിശ്ചിതനായി കാണുന്നു ഭേദരഹിതനായി കാണുന്നു അവനങ്ങനെ ഭയം ഉണ്ടാകും നാശരഹിതനായി കാണുന്നു അവന് ഭയം ഉണ്ടാകത്തില്ല ജഗത്ഭയോദൃശ്യത മറിച്ചാണ് നമ്മൾ കാണുന്നത് ഈ ലോകത്തിൽ തത്വജ്ഞനൊഴികെ സർവ്വരും ഭയത്തോടുകൂടി കാണുന്നു സർവസാധകന്മാരും ഭയത്തെ കാണുന്നുണ്ട് താൻ സാധനയിലൂടെ സമ്പാദിച്ച് നശിക്കും ഇത്തരത്തിൽ ഭയത്തെ കാണുന്നു സർവത്ഭയ ദർശ്യ ലോകമെല്ലാം ഭയത്തോടുകൂടിയതായി കാണുന്നുണ്ട് തസ്മാഗോ ഭയദർശന ഗമ്യത ന്യൂനന്ത അനി അതുകൊണ്ട് ഈ ലോകത്ത് സർവരും ഗമ്യത അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ന്യൂനന്ത ഭയകാരണം അതുകൊണ്ട് മനസ്സിലാക്കാം ഇവിടെ ഭയത്തിന് കാരണമായി വന്നുണ്ട് അനിച്ഛേദയാത്മകം അതിന് നാശമില്ല അതിനെ നശിപ്പിക്കാൻ ആർക്ക് സാധ്യമല്ല അത് ഉച്ഛേദസ്വരൂപമല്ല യഥോ ജഗത് അങ്ങനെ ആയിരുന്നെങ്കിൽ അത് നശിക്കുന്നതായിരുന്നെങ്കിൽ ജീവൻ അതിന് ഭയം തന്നെ പക്ഷെ അതിനെ ഭയക്കുന്നില്ല അർദ്ധയേഷ ശ്ലോകോഭൂതി അതുകൊണ്ടിവിടെ പറയുന്നതിന്റെ താല്പര്യം എന്താണ് രണ്ട് ദ്വിതീയം അതാണ് ഭയത്തിന് ഹേതുവായിരിക്കുന്നത് വിവാൻ ജ്ഞാനീ തന്നെ അഭയമായി അറിയുന്നു അഭയമായി അറിയുന്നത് കൊണ്ടവൻ അഭയത്തെ പ്രാപിച്ചിരിക്കുന്നു അഭയമായി അറിയുന്നുകൊണ്ടവൻ ആനന്ദത്തെ പ്രാപിച്ചിരിക്കുന്നു അഭയമായി അറിയുന്നു നഷ്ടിക്കും തസ്മാശാന്തിരനന്തരം എന്നല്ല പറഞ്ഞിട്ടില്ലേ അതാനന്ദ പലതല്ല ശാന്തിയെ അല്ലെങ്കിൽ പ്രാപിക്കുന്നു എന്നാൽ ഇവിടെ ഭയഹേതുവായ ഒന്നും ഉണ്ട് അതിനെ കുറിച്ചാണ് അടുത്ത് പറയുന്നത് പഞ്ചമ ഭീഷാഭയേനസ്മാത് വാദപ്പവത്തെ അതിനും ഭയന്നിട്ടാണ് ഈ വായു വീശുന്നത് വായുവിനൊരു പ്രത്യേക ധർമ്മമുണ്ട് ആ ധർമ്മം നിർവഹിക്കണം ധർമ്മങ്ങളെല്ലാം നിയമത്തിന് അധീനമാണ് തന്റെ ധർമ്മം തന്റെ നിയമത്തിന് അധീനമാകാൻ സാധ്യമല്ല അപ്പോൾ ആ നിയമത്തെ സൃഷ്ടിച്ച മറ്റൊരാളുണ്ട് അയാളുടെ ധർമ്മ അനുസരിച്ച് താൻ പ്രവർത്തിക്കാൻ നിർബന്ധിതനായിരിക്കുന്നു അതുകൊണ്ട് വായു ഭയന്നിട്ട് വീശുന്നു കാരണം ധർമ്മം നിയമം അനുസരിച്ചേക്കും അതും പരമാത്മാവിൻ്റെ നിയമം അതിന് വഴങ്ങേണ്ടി വരുന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നു വാദം വായു ഭയന്ന് വീശുന്നു സൂര്യ സൂര്യൻ വധിക്കുന്നത് സൂര്യനെ സംബന്ധിച്ചൊരു ധർമ്മം കൊണ്ട് ആ ധർമ്മത്തെ നിർവഹിക്കണം സൂര്യൻ കേവലം ജഡമായ വസ്തുവല്ല ഇവിടെ ഉദ്ദേശിക്കുന്ന സൂര്യ കൂടിയ ദേവതയാണ് ആ ദേവതയുടെ പ്രവർത്തനം കൊണ്ടാണ് സൂര്യൻ്റെ നടക്കുന്നത് അങ്ങനെയുള്ള സൂര്യൻ ഭയന്നിട്ട് ഉദിക്കുന്നു അസ്തമിക്കുന്നു അത് പറയുന്നത് വായുവും സൂര്യനും പോലെയുള്ള ജഗത് ശക്തികൾ പൂജ്യന്മാർ വരെ ഭയക്കുകയാണെങ്കിൽ ഒന്നും ഞാൻക്ക് ഭയമില്ല ഭീഷ്മസ്മാഗ്നിശ്ച ഇന്ദ്രശ്ച അഗ്നിയും ഇന്ദ്രനും അങ്ങനെ ഭയന്നവരുടെ പ്രവൃത്തി ചെയ്യുന്നു ഇവിടുത്തെ ധാവതി പഞ്ചമ ഇനി അഞ്ചാമത് മൃത്യുവിനെടുക്കുക അത് സർവത്തെയും ഭയപ്പെടുത്തുന്നതാണ് സർവർക്കും ഭയകാരണമാണ് പക്ഷെ അതും ഭയക്കുന്നു അത് ഭയന്നുകൊണ്ട് അതിൻ്റെ കർത്തവ്യത്തെ ചെയ്യുന്നു വാതാദിയോഹി മഹാർഹ സ്വയം ഈശ്വരാഹസന്ത പവനാദി കാര്യേഷു വായാസബുലേഷു നിയതാഹപ്രവർത്ത വാതാദികൾ വാതാദിദേവന്മാർ വായുവാദിദേവന്മാർ മഹാർഹ പൂജ്യരാണ് ജീവന്മാർ വാങ്ങി നോക്കുമ്പോൾ അവർ എത്രയോ ശ്രേഷ്ഠന്മാരാണ് അവരുടെ നിലയിൽ എത്രയോ ഉയരത്തിലാണ് സ്വയം ഈശ്വര അവർ സ്വയം ഈശ്വരന്മാരാണ് പാണിമാതി ഐശ്വര്യങ്ങളോടുകൂടിയ ദേവതാ വിശേഷങ്ങളാണ് അങ്ങനെയൊക്കെ ആയിരുന്നിട്ടും പൗനാധികാരിയേഷു ആയാസബരേഷു നേതാഹ പ്രവർത്തനത്തി അവരുടെ പ്രവൃത്തികൾ കാറ്റ് വീശുന്നു സൂര്യനുദിക്കുന്നു അവരവരുടെ പ്രവൃത്തികളിൽ അവരുടെ പിന്നിന് പരമാത്മാവ് നിശ്ചയിച്ച നിയമത്തെ പരിപാലിച്ചുകൊണ്ട് വളരെ ആയാസത്തോടുകൂടി നിശ്ചിതമായൊരു രീതിയിൽ ആ നിയമങ്ങളെ പരിപാലിച്ചുകൊണ്ട് തന്നെ എന്നുവെച്ചാൽ വായു വീശാതിരിക്കുന്നില്ല സൂര്യൻ ശീതമാകുന്നില്ല ആ നിയമങ്ങളെ പരിപാലിച്ചുകൊണ്ട് തന്നെ അവർ പ്രവർത്തിക്കുന്നു ഭയക്കുന്നു അവർ നിയമത്തെ പാലിക്കേണ്ടി വന്ന ഭയം നമ്മൾ നിയമത്തെ പാലിക്കുന്നത് കൊണ്ട് നമുക്ക് ഭയമുണ്ട് നിയമം തെറ്റിയാൽ ദോഷമാണ് പാപമാണ് ശിക്ഷയുണ്ട് ഭയം അപ്പം ഇവർക്ക് ഭയത്തിന് ഹേതുവായിട്ട് പിന്നിലൊരാളുണ്ട് ഭയശൂന്യനായ ഒരാള് മറിച്ച് ആ ഭയശൂന്യന് വിധേയനായി പ്രവർത്തിക്കുന്ന സർവ്വരും ഭയത്തിന് അടിമകളാണ് ആ ദേവനായാലിശ്ശരി തദ്യുക്തം പ്രശാസ്തരി സതി അസ്മിൻ നിയമീൻ തീഷാം പ്രവർത്തനം അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം എന്താണോ യുക്തിയുക്തമായി മനസ്സിലാക്കാം ഒരു പ്രശാസ്താവ് ഇവരെല്ലാം നിയന്താവും ഇവരെല്ലാം നയിക്കുന്നവനൊരു ഈശ്വരൻ ഇവിടെ ഉള്ളതുകൊണ്ട് അവരെല്ലാം കൃത്യമായി പ്രവർത്തിക്കുന്നു പ്രപഞ്ചശക്തികളെല്ലാം കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നു തസ്മാതസ്ഥി ഭയകാരണം തേഷാം പ്രശാസ്ത്ര ബ്രഹ്മ അതുകൊണ്ട് മനസ്സിലാക്കാം ഭയത്തിനു കാരണമായി അവരെല്ലാം ഭരിക്കുന്ന ബ്രഹ്മം എന്നൊന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന വയുവാദി ദേവന്മാരെക്കാളും എത്രയോ ശ്രേഷ്ഠമാണ് ഭയശൂന്യനായ ആത്മനിഷ്ഠൻ ആത്മനിഷ്ഠന് താഴെയുള്ള ഇവരുടെയൊക്കെ തന്നെ എന്തുകൊണ്ട് ഇവർക്കും ഭയക്കേണ്ടി വരുന്നില്ല കർത്തവ്യങ്ങളുണ്ട് ചെയ്യേണ്ട പ്രവൃത്തികളുണ്ടായി നിയമപൂർവ്വം ചെയ്യണം തത്വജ്ഞനാണെങ്കിലും കർത്തവ്യങ്ങളില്ല ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല അതുകൊണ്ട് നിയമപൂർവ്വം ചെയ്യുന്നില്ല അതുകൊണ്ട് ഭയക്കേണ്ടി വരുന്നില്ല അത് ഭൃത്യവരാജ്ഞ അതുകൊണ്ട് ഈ ദേവന്മാരെല്ലാം എന്താണ് രാജാവിന്റെ ഭൃത്യന്മാരെ പോലെയാണ് രാജാവിന്റെ ഭൃത്യന് നല്ല പ്രതിഫലമൊക്കെ പെട്ടു നല്ല ജോലിയൊക്കെ ചെയ്യാം വളരെ ഉയർന്ന സ്ഥാനമാണ് പൗരന്മാരുടെ ഇടയിൽ പക്ഷെ രാജാവിനെ ഭയന്നേ പറ്റൂ രാജാവിന്റെ നിയമത്തെ പാലിച്ചേ പറ്റൂ രാജാവിന്റെ നിയമത്തിനനുസരിച്ച് പ്രവർത്തിച്ചേ പറ്റൂ അതുപോലെ ഈ പാമരന്മാരായ അജ്ഞന്മാരായ ജീവന്മാരുടെ ദൃഷ്ടിയിൽ ഈ സൂര്യനും വായുവും ദേവന്മാരെല്ലാം വളരെ ശ്രേഷ്ഠന്മാരാണ് അവരുടെ സ്ഥാനം വളരെ വലുതാണ് എന്നിരിക്കലും അവർ ഭയക്കുന്നു അവരും ഭയന്ന് ജീവിക്കുന്നു അവർ തത്വജ്ഞാനിയെ വന്ദിക്കേണ്ടവരാണ് തത്വജ്ഞാനിയുടെ താഴെയാണ് അവരുടെ നില യഥാർത്ഥത്തെ ഭരത്തിയായവരാജ്ഞോ അസ്മാത് ബ്രഹ്മണോ ഭയേന പ്രവൃത്തന്തേ തയകാരണം ആനന്ദം ബ്രഹ്മ അങ്ങനെ ഭയത്തിനുകൂടി കാരണമായിരിക്കുന്ന ആ ബ്രഹ്മം ആനന്ദസ്വരൂപമാണ് അഭയസ്വരൂപമാണ് അതാണ് വിചിത്രമായിരിക്കുന്ന അഭയത്തിൽ നിന്ന് ഭയം ആനന്ദത്തിൽ നിന്ന് ദുഃഖം ശാന്തിയിൽ നിന്ന് അശാന്തി അതാണ് സംസാരം എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ വൈദിദ്ധ്യം ഇവിടെ നിലനിൽക്കുന്നതിന് വ്യക്തിഭംഗമൊന്നുമില്ല അത് സംഭവിക്കുക അതുകൊണ്ട് അതങ്ങനെ എന്തുകൊണ്ടാകണം ആത്മാവ് ആനന്ദമാണെങ്കിലും ഞാൻ ആനന്ദത്തിലിരിക്കേണ്ടേ അത് ശാന്തിയാണെങ്കിലും ഞാൻ ശാന്തിയിലിരിക്കേണ്ടേ അത് അഭയമാണെങ്കിലും ഞാൻ അഭയത്തിലിരിക്കേണ്ടത് എന്ന അജ്ഞൻ ചോദിക്കുന്നതിൽ അർത്ഥമില്ല എന്തുകൊണ്ട് അവന്റെ ഭയ അശാന്തി ദുഃഖം എല്ലാം അവിടെ നിന്ന് തന്നെ ഉണ്ടായത് അതാണ് ഭയകാരണം ആനന്ദം ആനന്ദസ്വരൂപമായിരിക്കുന്ന ആ ബ്രഹ്മം ഭയത്തിന് കാരണമായിരിക്കുന്നു തസ്യസ്യബ്രഹ്മണ ആനന്ദസ്യ യശാ മീമാംസ വിചാരണം ആ ബ്രഹ്മം ആനന്ദസ്വരൂപമാണ് അങ്ങനെ ആനന്ദ സ്വരൂപമായിരിക്കുന്ന ബ്രഹ്മത്തിനെ കുറിച്ചുള്ള വിചാരം ആ ബ്രഹ്മത്തിൻ്റെ ആനന്ദത്തെക്കുറിച്ചുള്ള വിചാരം അതാണ് കാരണം ഇവിടെ ഒരു ഉപായമേ ഉള്ളൂ എന്താണ് മനനം അല്ലാതെ വേറെ ഉപായത് അപ്പൊ മനനം ചെയ്യുകയാണ് ചെയ്യുകയാണ് എന്തിനാ ഈ ആനന്ദസ്വരൂപത്തിലുള്ള ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി അല്ല വേറൊന്നും സാധ്യമല്ല സാക്ഷാത്കാരം പലതുണ്ട് സാക്ഷാത്കാരത്തിന്റെ ഉപായങ്ങളും പലതുണ്ട് പക്ഷേ അഭയരൂപത്തിലുള്ള ആനന്ദരൂപത്തിലുള്ള ഈ ബ്രഹ്മത്തിന്റെ സാക്ഷാത്കാരത്തിന് ഇതേ ഉള്ള ഉപായം മനനം ഈ മാംസ വിചാരണ ഭൂതി മനനത്തിലൂടെ എന്ത് ചെയ്യുന്നു അതിന്റെ വാസ്തവ സ്വരൂപത്തെ യഥാർത്ഥ രൂപത്തെ ഗ്രഹിക്കുന്നു മനനം കൂടാതെയാണെങ്കിലോ എവിടെയാണോ എത്തിച്ചേരുന്നത് അവിടെ എത്തിച്ചേരുന്നത് അത് പരമമായി കൊള്ളണമെന്നില്ല കിമാനന്ദി മീമാംസ എത്തിച്ചേരും എന്താണ് ആനന്ദത്തിന്റെ മീമാംസ മീമാംസ്യം എന്ന് പറയുന്നത് ഇവിടെ ആനന്ദം എന്ന് പറയുമ്പോ തെറ്റിദ്ധാരണ വരാം അത് വ്യക്തമാകുന്നു ഈ ആനന്ദോ വിഷയവിഷയി സംബന്ധ ജനിതോ ലൗകി ആനന്ദവ ഈ ആനന്ദം എന്ന് പറയുന്നത് വിഷയവിഷയി സംബന്ധത്തിൽ നിന്നുണ്ടാകുന്നതാണോ വിഷയങ്ങളാകുന്ന ശബ്ദസ്പർശരൂ പരസഗന്ധാദികളോട് വിഷയി ആയിരിക്കുന്ന ജീവൻ്റെ സംബന്ധം കൊണ്ടുണ്ടാകുന്ന ആനന്ദമാണോ അവിടെ ആനന്ദമാണല്ലോ അനുഭവിക്കുന്നത് അനുകൂലതയുടെ അനുകൂലമായതിൻ്റെ അനുഭവത്തിൽ നിന്ന് ലഭിക്കുന്ന സുഖം അതാണോ ആനന്ദം ഷയവിഷയി സംബന്ധ ജനിതവും അവിടെ അനുഭവിക്കുന്നവനും അനുഭവമുണ്ട് ആനന്ദത്തിനവിടെ ഒരു ഭോക്താവുണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് ഭോക്താവായിരുന്നു കൊണ്ടാണ് ഞാൻ ആനന്ദത്തിൻ്റെ ഭോക്താവായിരുന്നു കൊണ്ട് ആഗ്രഹിക്കുന്നു പൂർവാനന്ദത്തെ സ്മരിച്ചുകൊണ്ട് ഭോക്താവായി തന്നെ സ്മരിച്ചുകൊണ്ട് ഞാൻ ആനന്ദത്തെ ആഗ്രഹിക്കുന്നു ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് അതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഇവിടെ പറയും ഇത് വിഷയവിഷയി സംബന്ധ ജനിതമായ ആനന്ദമല്ല ഏറ്റക്കുറച്ചുള്ള ആനന്ദമല്ല ഇവിടുത്തെ ആനന്ദത്തിൽ നിന്നും വലിയൊരാനന്ദമല്ല അത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയും അല്ലെങ്കിൽ നമ്മൾ ധരിക്കുന്ന എന്താണ് ഇപ്പോ കിട്ടുന്ന ആനന്ദം പോരാ ഇതിനും വലിയൊരാനന്ദം വേണം അതല്ല ഇത് അടുത്തു പറയും അകാമഹതൻ കാമത്തെ ഹനിച്ചവന്റെ ആനന്ദമാണ് അല്ലാതെ ആനന്ദത്തെ കാമത്തെ കാമിക്കുന്നവൻ്റെ കാമ കാമി ആനന്ദത്തെ കാമിക്കുന്നവൻ്റെ ആനന്ദമല്ല അവൻ പ്രാപിക്കുന്ന ആനന്ദമല്ല അവിടെ ആനന്ദം ശാന്തി അഭയം സത്ത് ചിത്ത് ആനന്ദം എല്ലാം ഒന്ന് അതിനൊന്നും ഭേദത്തെ കാണാൻ പറ്റത്തില്ല ആനന്ദമെന്ന് പറഞ്ഞാൽ സത്തെന്ന് പറഞ്ഞാൽ ചിത്തെന്ന് പറഞ്ഞാലും ഒരർത്ഥം തന്നെ അങ്ങനെയുള്ള ആനന്ദത്തെ കുറിച്ചാണ് പറയുന്നത് എന്നുവെച്ചാൽ ബ്രഹ്മനിഷ്ഠന്റെ ആനന്ദം പക്ഷേ ഇവിടെ ജീവൻ നാനാ ആനന്ദത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവൻ ഈ ആനന്ദത്തിനേക്കാളും വലിയൊരാനന്ദത്തെ ആഗ്രഹിക്കും ഈ ആനന്ദത്തെക്കാൾ വലിയൊരു ആനന്ദം ഇല്ലെന്നല്ലേ പറയുന്നു ഈ ആനന്ദത്തെക്കാൾ ഇന്ന് അജ്ഞനായ ജീവൻ അനുഭവിക്കുന്ന ഈ അല്പമായ ആനന്ദത്തെക്കാൾ എത്രയോ മടങ്ങ് ശ്രേഷ്ഠമായ ആനന്ദമുണ്ടിവിടെ അങ്ങനെ ആനന്ദത്തെ അനുഭവിക്കുന്നവരൊക്കെ ഇവിടെ ഉണ്ട് ഒരുപാട് പേര് പക്ഷെ അത് ആ കാമഹതൻ കാമത്തെ ഭനിച്ചവന്റെ ആനന്ദം അതൊന്നുമല്ല യാൻ അർത്ഥ ഉദപാനി സർവത എന്ന് ഗീതയിൽ പറഞ്ഞത് അതുപോലെ ഈ സർവ ആനന്ദങ്ങളും അന്തർഭവിച്ചിരിക്കുന്ന ആനന്ദം അത് സാധിച്ചുമില്ല അതുകൊണ്ട് ആനന്ദത്തെ ഈ ആനന്ദവുമായിട്ടൊന്നും താരതമ്യപ്പെടുത്താൻ സാധ്യമല്ല അതിന് ആനന്ദ എന്താ ഈ ആനന്ദമാനന്ദം എന്ന് പറയുന്നത് പറയുന്നു സ്വാഭാവിക അതതിൻ്റെ സ്വഭാവം തന്നെയാണ് സ്വസ്വരൂപം തന്നെയാണ് സ്വഭാവം തന്നെയാണ് അല്ലാതെ ആനന്ദം എന്ന് പറയുമ്പോൾ ആ ബ്രഹ്മത്തെ ആത്മാവനെ സാക്ഷാത്കരിക്കുമ്പോൾ ഇങ്ങനൊരു വലിയ ആനന്ദം തള്ളി വരും പുറത്തേക്ക് വരും അതിങ്ങനെ പുറത്തെപ്പോഴും ആനന്ദത്തിൽ കുളിക്കും മുങ്ങും ഇതൊക്കെ എന്താണ് കാമനകൾ കൊണ്ടുള്ള കൽപ്പനകളാണ് ഇതൊന്നും സംഭവിക്കത്തില്ല പിന്നെ ആനന്ദത്തിൽ ഇതൊക്കെ സംഭവിക്കാം അത് ഈ പറയുന്ന പരമാനന്ദമായിരിക്കത്തില്ല മനസ്സിൽ ആനന്ദത്തെ ആവിഷ്കരിക്കുന്നതിനുള്ള വെളിപ്പെടുത്തുന്നതിനുള്ള ഒരുപാട് ഉപായങ്ങളുണ്ട് അതുകൊണ്ട് ആനന്ദത്തെ പ്രകടമാക്കാം ചെറിയ ആനന്ദം വലിയ ആനന്ദം പാട്ട് കേൾക്കുമ്പോൾ നല്ല രൂപത്തെ കാണുമ്പോഴൊക്കെ ആനന്ദം വരുന്നില്ലേ ആ ഉപാധികൾ ആനന്ദത്തെ വെളിപ്പെടുത്തുന്നില്ലേ അപ്പം ഈ ആനന്ദത്തിന്റെ വെളിപ്പെടലിൽ ഏറ്റക്കുറച്ചിൽ വരാം ഇതിനും വലിയ ആനന്ദം വരാം ആന്തരികമായ ഉപാധികളിലൂടെ ഇതിനും വലിയ ആനന്ദത്തെ സമാധി വരെ പോയി വലിയ പരമാനന്ദത്തെ പ്രാപിക്കാം പക്ഷെ അതൊന്നും സ്വാഭാവികമായ ആനന്ദമല്ല കൃത്രിമമായ ആനന്ദമാണ് നിങ്ങളെ പരിശീലനിച്ച് പണിപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത ആനന്ദമാണ് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചതാണ് ആനന്ദമല്ല ആനന്ദത്തെങ്ങനെ സ്വാഭാവികം എന്ന് പറയാൻ പറ്റും ഒഴുകുന്ന ആനന്ദമല്ല ഉറച്ച ആനന്ദമാണ് സത്താണ് ആനന്ദം എന്ന് പറയുന്നത് അത് ജ്ഞാനമാണ് ആനന്ദമെന്ന് പറയുന്നത് അത് തന്നെ ശാന്തി അത് തന്നെയാണ് അത് അതിൻ്റെ അനുഭവം അതിൻ്റെ സാക്ഷാത്കാരമെന്ന് പറഞ്ഞാൽ എന്താണ് അത് സ്വാഭാവികമാണ് അതിന്റെ സാക്ഷാത്കാരമെന്ന് പറയുന്നത് ജ്ഞാനത്തിന്റെ സാക്ഷാത്കാരമൊന്നും സത്തിന്റെ സാക്ഷാത്കാരമൊന്നും എല്ലാം പറയുന്നതുപോലെയുള്ളൂ വിശേഷിച്ചൊന്നുമില്ല എന്തുകൊണ്ട് ആനന്ദത്തെക്കുറിച്ചുള്ള കാമനകളെല്ലാം ഹനിച്ചു കഴിഞ്ഞുള്ളൂ ഒന്നിനെക്കുറിച്ചും കാമനയില്ല വാസ്തവത്തിൽ കാമിക്കുന്നത് എന്താണ് ആനന്ദത്തെയാണ് ഉപാധികളിലൂടെ കാമിക്കുന്ന ഇവിടെ എന്ന് പറയുന്നു അകാമഹതൻ ആനന്ദത്തെ കുറിച്ചുള്ള കാമനങ്ങളെല്ലാം നശിച്ചവൻ അവനും പിന്നെങ്ങനെ ഒരു വലിയ ആനന്ദത്തെ ഈ അനുഭവിക്കുന്ന ആനന്ദത്തെക്കാളും വലിയൊരു ആനന്ദത്തെ അനുഭവിക്കാൻ പറ്റും അപ്പം അതിനുള്ള കാമന അവന് ശേഷിക്കില്ല അതല്ല ഇവിടെ പറയുന്നത് പറയുന്നു എന്താണ് അത് വിഷയവിഷയി സംബന്ധ ജനിത ലൗകിക ആനന്ദവത് ഈ ലൗകികമായ ആനന്ദത്തെ പോലെയാണോ ഒന്നിനനുഭവിക്കുന്നു അനുഭവിച്ചാൽ അതിനെ സ്മരിക്കാൻ കഴിയും സ്മരിച്ചാൽ അതിനെ ഇച്ഛിക്കുക ആഗ്രഹിക്കുക കാമിക്കുക അങ്ങനെ അനുഭവിക്കുകയും സ്മരിക്കുകയും കാമിക്കുകയും ചെയ്യുന്ന ആനന്ദത്തെയാണ് ലൗകികാനന്ദം എന്ന് പറയുന്നത് അത് ലൗകികാനന്ദം പരമാത്മാവിൽ നമ്മൾ കാമിക്കുന്ന എന്താണ് നമ്മൾ അനുഭവിച്ചതും സ്മരിക്കുന്നതും ആയ ആനന്ദത്തെയാണ് നമ്മൾ അനുഭവിച്ചതും സ്മരിക്കുന്നതുമൊക്കെ തുച്ഛമായ ആനന്ദത്തെയാണ് അതെ അതാണ് പക്ഷേ ആനന്ദത്തിൻ്റെ സ്ഥായിത്വം ആനന്ദത്തിൽ ആ വിശാലത അല്ല വലിയൊരാനന്ദ ആ വലുതായ ആനന്ദം ആനന്ദത്തിന് ലൗകാനന്ദ ഇതാണ് നമ്മൾ കാമിക്കുന്നത് അതല്ല ഇവിടെ പറയുന്ന ആനന്ദം ആത്മസ്വരൂപമായിരിക്കുന്ന ആനന്ദമല്ല പക്ഷെ അങ്ങനെയുള്ള ആനന്ദങ്ങളുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ആനന്ദത്തിൻ്റെ ഏറ്റക്കുറച്ചൽ പറയുന്നത് ആനന്ദം എല്ലാ ആനന്ദങ്ങളെയും അനുഭവിക്കുന്നതിന് ശക്തമായ സമൃദ്ധമായ കരണങ്ങളോടുകൂടി എല്ലാ ഉപഭോഗ സാധനങ്ങളോടും കൂടി ഒരാൾ ആനന്ദത്തെ അനുഭവിക്കാൻ തയ്യാറായി അയാൾ ആനന്ദത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഏറ്റവും പ്രകൃഷ്ഠമായാണ് ആനന്ദത്തെക്കാൾ നൂറ് നൂറ് മടങ്ങായ ആനന്ദം ബ്രഹ്മാവിൻ്റെ ആണ് അപ്പോൾ ഇത്തരം ആനന്ദങ്ങളൊക്കെ ഉണ്ട് തന്നെയാണ് മനുഷ്യന് അങ്ങേയറ്റം അനുഭവിക്കാവുന്ന ആനന്ദത്തിന് ഒരു പരിമിതിയുണ്ട് അതാണ് ഇവിടെ യുവാവിൻ്റെ ആനന്ദവും പാപരഹിതൻ ശ്രോത്രിയൻ അമൃജനൻ അപാമഹതൻ ശ്രോത്രിയൻ അങ്ങനെയൊക്കെ ഉള്ള ഒരുവൻ ധാരാളം പുണ്യം സമ്പാദിച്ച് അനുഭവിക്കുന്ന ആനന്ദം ആ ആനന്ദത്തിന് പോലും പരിമിതി ഉണ്ടെന്നുണ്ട് അതിനെക്കാളും എത്രയോ മടങ്ങ് നൂറ് നൂറ് നൂറ് മടങ്ങാണ് ബ്രഹ്മാവിന്റെ ആനന്ദം പറയുന്നു ആ ഈ പറയുന്ന സാദിശയമായിരിക്കുന്ന ആനന്ദം ഇതെല്ലാം ആ ആത്മനിഷ്ഠൻ്റെ ആനന്ദത്തിൽ അന്തർഭവിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ചോദിക്കുമ്പോഴാണ് ആ ആത്മനിഷ്ഠൻ്റെ അനുഭവം ആനന്ദം ഈ പറയുന്ന ബ്രഹ്മാവിൻ്റെ ആനന്ദത്തെക്കാളും വലിയ ആനന്ദമാണോ ഇത് അവിടെ വലതില്ല ചെറുതുമല്ലാതെ പരുപ്പച്ചെറുപ്പമല്ലാത്ത ആനന്ദം അതെന്താണ് അതാണ് ശാന്തി അതാണ് സത്ത് അതാണ് ജ്ഞാനം അങ്ങനെയുള്ള ഒരു ആനന്ദത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ആനന്ദം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഏതൊരു ആനന്ദമാണ് തപസ് ചെയ്തുണ്ടാക്കുന്ന ആനന്ദമാണ് തപസ് ചെയ്ത ബ്രഹ്മാവ് ഇത്രയും വലിയ ആനന്ദത്തെ അനുഭവിക്കുന്നു ദേവന്മാരും ഗന്ധർവന്മാരും കൂടെ ആനന്ദത്തെ അനുഭവിക്കുന്നതിൽ നിന്ന് തീർച്ചയായും തപസ്സിൻ്റെ ഫലമാണ് പക്ഷെ ആനന്ദത്തിന് ഒരു ദോഷമുണ്ട് എന്താണോ ആനന്ദത്തിന് അപ്പറും ഉണ്ട് ഇപ്പറുമുണ്ട് ഒന്നിൽ അപ്പറും അല്ലെങ്കിൽ ഇപ്പറും എന്നിട്ട് അതിനേക്കാൾ വരതുകൊണ്ട് അതിനേക്കാൾ ഒരു ജീവന് കാമിക്കാവുന്ന ആനന്ദം എന്താണ് ആ ജീവഭാവത്തിനിരുന്നു കൊണ്ട് ദുഃഖങ്ങളെയൊക്കെ ഒഴിവാക്കിയിട്ട് കിട്ടാവുന്ന ഒരു വലിയ ആനന്ദം ആ വലിയ ആനന്ദത്തെ പ്രാപിച്ച വിവാഹം കൂടെ ഉണ്ട് പക്ഷെ ആനന്ദമല്ല പിടേ എന്നുവെച്ചാൽ നമ്മുടെ സങ്കല്പത്തിലുള്ള ഒരു ആനന്ദത്തെക്കുറിച്ച് വന്നു പറയുന്നത് മറിച്ച് അത് സ്വാഭാവികമാണ് ആ സ്വഭാവം തന്നെയാണോ സ്വസ്വരൂപം തന്നെയാണ് അത്ര ഒരു ആനന്ദത്തെക്കുറിച്ച് പറയും ഇവിടെ പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഒരു ജീവന് പരമാവധി അനുഭവിക്കാമെന്നുള്ള ആനന്ദം മനുഷ്യ ശരീരത്തിൽ ഇരുന്നു അപ്പോൾ അത് നമുക്ക് വേണ്ടി വന്നാൽ കാമിക്കാം ആഗ്രഹിക്കാം പക്ഷേ അതിനൊരു പരിമിതിയുണ്ട് എന്തുകൊണ്ട് അതിനെക്കാളും എത്രയോ മുടങ്ങും വലിയ ആനന്ദം ഇവിടെ ഉണ്ട് അത് ഈ ശരീരത്തിരുന്ന് ആനന്ദിക്കാൻ അതനുഭവിക്കാൻ പറ്റില്ല ഈ ശരീരത്തിന് ന്യൂനതകളുണ്ട് ഈ കർണ്ണങ്ങൾക്ക് ന്യൂനതകളുണ്ട് മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും എല്ലാം പോരായ്മകൾ ഒരുപാടുണ്ട് അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വലിയ ആനന്ദത്തെ അനുഭവിക്കണമെങ്കിൽ ഇത് വിട്ടിട്ട് ദേവനോ ഗന്ധർവ്വനോ ബൃഹസ്പതിയോ പ്രജാപതിയോ ബ്രഹ്മാവോ ഒക്കെ ആകേണ്ടി അവിടെ ഇരുന്നേ ആനന്ദം അനുഭവിക്കാൻ പറ്റും ഇവിടെ ഇരുന്ന് എത്ര മാത്രം അനുഭവിക്കാൻ പറ്റൂ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടെ ഇരുന്നുകൊണ്ട് വലിയ ആനന്ദത്തെ ആഗ്രഹിക്കുന്നു എന്നിട്ട് സ്വയം ചിന്തിക്കുന്നു അങ്ങനെയുള്ള ഒരു വലിയ ആനന്ദമാണ് മോക്ഷം അതല്ല മോക്ഷം അതല്ല മുക്തി ഇവിടെ പറയുന്നത് സ്വാഭാവികമായ ഒന്നാണ് വിത്യോമേഷ ആനന്ദ സെ അത് വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ആനന്ദത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ പറയുന്നത് അബദ്ധം പറ്റി അങ്ങനെ ഒരു വലിയ ആനന്ദം കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് സ്വാമിയായത് നടക്കുന്ന ലക്ഷണമില്ലെങ്കിൽ അങ്ങനെ ഒരു ആനന്ദം കിട്ടിയെന്നെങ്കിലും ഭാവിക്കുക അത്ര ലൗകിക ആനന്ദോ ബാഹ്യ ആധ്യാത്മിക ഉത്കൃഷ്ട ബാക്കിയുള്ള ആനന്ദങ്ങളെല്ലാം ലൗകിക ആനന്ദമാണോ ലൗകിക ആനന്ദം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ബാഹ്യ ആധ്യാത്മിക സാധനസമ്പത്തി നിമിത്തമായി ഉണ്ടാകുന്നു അവിടെ ശ്രദ്ധിക്കുന്നു ഹ്യവും ആധ്യാത്മികവുമായ സാധനങ്ങൾ ആ സാധന സമ്പത്തികൊണ്ട് ഉണ്ടാകുന്ന ആനന്ദം അത് ഉത്കൃഷ്ടമാണെന്ന് പറയുന്നു അതിന് നിഷേധിക്കുന്നില്ല അങ്ങനെ ആനന്ദമില്ലെന്നല്ല പറയുന്നു അതിന് ബാഹ്യമായ സാധനങ്ങളുണ്ട് ഭാര്യ പുത്ര ആദ്യ ബാഹ്യ സാധനങ്ങൾ ആധ്യാത്മികമായ സാധനങ്ങളുണ്ട് ഈ ശരീര സംബന്ധിയായി മനസ്സംബന്ധിയായി വരുന്ന സാധന ഉപായങ്ങൾ അങ്ങനെ വരുന്ന സാധനങ്ങളിലൂടെ ഉണ്ടാകുന്ന ഉത്കൃഷ്ടമായ ആനന്ദം ഇതെല്ലാം ലൗകികാനന്ദമാണ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് വരെ അനുഭവിക്കുന്ന ആനന്ദം ലൗകികാനന്ദമാണ് അപ്പോൾ നമ്മൾ ആധ്യാത്മികമായി ഒരു വലിയ ആനന്ദത്തെ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ആഗ്രഹിക്കുന്ന എന്താണ് ലൗകികമായ ആനന്ദത്തെ പരമാനന്ദത്തെ അല്ല സേഷ നിർദ്ദേശം അപ്പൊ ഈ ബ്രഹ്മാനന്ദത്തെ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ ഉത്കൃഷ്ടമായ ആധ്യാത്മികവും ലൗകികവുമായ സാധനങ്ങളിലൂടെ നേടാമെന്നുള്ള ആനന്ദത്തെ ഇവിടെ വെളിപ്പെടുത്തുന്നു അതിനുവേണ്ടിയിട്ടാണ് അപ്പോൾ അവിടെ എന്ത് മനസ്സിലാക്കണം ഇതൊന്നുമല്ല ബ്രഹ്മാനന്ദം നമ്മൾ കാമിക്കുന്നതല്ല കാമത്തെ ഹനിച്ചവനുള്ളതാണ് ആനന്ദത്തെ കാമിച്ചതുകൊണ്ടാണ് ദേവനും ഗന്ധർവനും ബൃഹസ്പതിക്കും പ്രജാപതിക്കും ബ്രഹ്മാവനും ഒക്കെ ഇത്ര വലിയ ആനന്ദത്തെ അനുഭവിക്കാൻ കഴിഞ്ഞു ആനന്ദത്തെ അനുഭവിക്കണമെങ്കിൽ അവർ ചെയ്ത വഴിയെ സഞ്ചരിക്കും ബാഹ്യവും ആധ്യാത്മികവുമായ സാധനങ്ങൾ അനുഷ്ഠിക്കും ഇവിടെ ആത്മാനന്ദം ഒരു സാധനയുടെയും ഫലമല്ല ഒരു സാധനയിലൂടെയും ആത്മാനന്ദത്തെ അനുഭവിക്കാൻ സാധ്യ അവിടെ അനുഭവവും അനുഭവിക്കുന്നവനും ഇല്ല എന്ന അവസാനം പറയും അതുകൊണ്ടിതിൽ ശരിധരിച്ചില്ലെങ്കിലും തെറ്റിദ്ധാരണ വരരുത് അതിനു വേണ്ടിയിട്ടാണ് ഭാഷകാരൻ വ്യക്തമായി പറയുന്നത് ൗകികമായ ആനന്ദമാണ് ഏറ്റവും ഉത്കൃഷ്ടമായ ആനന്ദമാണ് ബാഹ്യവും ആധ്യാത്മികവുമായ സാധനങ്ങളിലൂടെ നേടുന്നത് പരമാനന്ദത്തെ അല്ല പരമാനന്ദത്തെ നേടാൻ പറ്റ കഴിയില്ല അവിടെ ആനന്ദത്തെ അനുഭവിക്കുന്നവനെല്ലാം ആനന്ദമില്ല അതെങ്ങനെയായിരിക്കും അത് നമുക്കറിയാം ആനന്ദത്തിന്റെ സാധനങ്ങളില്ലാതെ ഉള്ള ആനന്ദം നമുക്ക് പരിചയമുള്ളതാണ് സുഷുതിന്റെ ആനന്ദം അവിടെ എന്താണ് ആനന്ദ സാധനങ്ങളൊന്നുമില്ല ഒന്നുമില്ല അവിടെ ആനന്ദത്തിൽ ഉത്കൃഷ്ടതയില്ല ഏറ്റക്കുറച്ചില് പക്ഷേ നമുക്കതറിയാം എന്താണ് അത് ആനന്ദമാണ് എന്നറിയാം അവിടെ ആനന്ദം കൊണ്ട് ആരും പൊട്ടിത്തെറിക്കെത്തുന്നുണ്ട് അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല ഇതുവരെ ആനന്ദം കൊണ്ട് ആർക്കും വേവലാതി ഉണ്ടായിട്ടില്ല ആനന്ദം കൊണ്ട് അവിടെ ആരും കരയുകയോ ചിരിക്കുകയോ ഒന്നും ചെയ്യത്തില്ല പക്ഷെ അത് അത് ആണ് സ്വാഭാവികമായ ആനന്ദം ഇവിടുത്തെ ഭാഷകാരൻ ഭാഷയത്തിന് വിശദമായി അതിനെക്കുറിച്ച് പറയും സ്വാഭാവിക അത് സ്വാഭാവികമായ ആനന്ദം ബാക്കിയുള്ളതെല്ലാം കൃത്രിമമായ ആനന്ദം അവിടെ അതെല്ലാം എന്താണ് കാമത്താൽ ഹനിക്കപ്പെട്ടവന്റെ ആനന്ദം ഇത് അകാമഹതന്റെ ആനന്ദം അത് അറിയുന്നവനാണ് വിദ്വാൻ അത് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള വിദ്യയാണ് ഇവിടെ പറയുന്നത് എന്നിട്ട് വീണ്ടും ശരി എന്നാൽ ആ അറിവ് കൊണ്ട് ഈ ആനന്ദത്തെ ഒന്നും അനുഭവിച്ചില്ലെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല ആ ആനന്ദത്തെ അനുഭവിക്കുന്നതിനുള്ള അറിവില്ല ആനന്ദത്തെ അനുഭവിക്കുന്നതിനുള്ള ജ്ഞാനമില്ല കാരണം അവിടെ ആനന്ദം ആനന്ദത്തിന്റെ അനുഭവം ആനന്ദത്തിന്റെ അനുഭവത്തിലുള്ള അറിവ് അങ്ങനെ ഒന്നുമില്ല ഭേദശൂന്യമാണ് ഭേദശൂന്യമായ ഇടത്താണ് പരമമായ ശാന്തി ആ പരമമായ ശാന്തി കുരുചിത്രയെ പറയാൻ പറ്റുമോ അത് സ്വരൂപമാണ് അത് സ്വാഭാവികമാണോ മറിച്ച് എങ്ങനെയൊക്കെ ആകാം അതാണ് അടുത്ത് പറയുന്നത് സേശ ആനന്ദ മീമാംസവീ യുവാ സാദ് സാതു युवा, सर्वा ധ്യയകാ ആശിഷ്ടോ ദൃഢിഷോ വരിഷ്ടൃഥിവർവാത്ത പൂർണ്ണ സാത് സേകമാനുഷനന്ദനുഷന ോത്രീയസാ ത ോത്രീസിമേതം പിതൃ ോത്രയസീമഹത സേവായംവാ <ISTukltriya> സനന്ദ ശ്രോത്രയച്ചേദം ഇന്ദ്ര സോ ബൃഹസ്പതിരാനന്ദ്രോത്രേദം ബൃഹസ്പതിരാൻ സജാപത്തെ അക്കമ ത പ്രജാപതിരാനന്ദ്രമണ ആനന്ദ്രോത്രിയാമഹത സേഷ ഹർദ്ദിശ്യനഗമാർ ബ്രഹ്മാനന്ദം എന്താണെന്ന് അറിയണം അതറിയുന്നതിന് വേണ്ടി ബാക്കിയുള്ള ആനന്ദത്തെയൊക്കെ ഇവിടെ കാണിക്കുകയാണ് എന്നുവെച്ചാൽ ഈ ബ്രഹ്മാനന്ദത്തെ കുറിച്ച് ഉള്ള നമ്മുടെ കല്പനകൾ ഭാവനകൾ സങ്കല്പങ്ങൾ ഇതിനെയൊക്കെ നിരാകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ആനന്ദത്തെ നിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടല്ല ഒരാൾ പറയുന്ന എനിക്ക് ഞാൻ ബാഹ്യമായ സാധനങ്ങളെയെല്ലാം ഉപേക്ഷിച്ച് ഷ്യത്തിൽ പറഞ്ഞ പോലെ ആധ്യാത്മികമായ സാധനങ്ങളൊക്കെ അനുഷ്ഠിച്ചു അതിലൂടെ എനിക്കൊരു വലിയ ആനന്ദമുണ്ടായി അങ്ങനെ ഉണ്ടായ ഒരു വലിയ ആനന്ദം സൃഷ്ടിച്ച ആനന്ദം തൻ്റെ സാധനങ്ങൾ സൃഷ്ടിച്ച ആനന്ദം ഇവിടെ ഭാഷകാലം പറഞ്ഞല്ലോ ബാഹ്യ ആധ്യാത്മിക സാധന സമ്പത്തിന് ഉത്കൃഷ്ടമായാണ് അതാണോ ബ്രഹ്മാനന്ദം അല്ല എന്ന് പറയുന്നത് അങ്ങനെയല്ല എന്ന് പറയാൻ പറ്റും ഞാൻ ഈ പ്രപഞ്ചത്തിലിരുന്ന് ഒരു വിഷയത്തെ അനുഭവിച്ചാൽ ഞാൻ ആനന്ദത്തെ അനുഭവിച്ചും മനസ്സിനെല്ലാം നിയന്ത്രിച്ച് സമാധി ഇരുന്നുകൊണ്ടാണ് അങ്ങനെ അനുഭവിച്ചത് അപ്പോൾ അത് ബ്രഹ്മാനന്ദമല്ല എന്നിങ്ങനെ പറയാൻ പറ്റും പറയുന്ന ഒരു രക്ഷയില്ല എന്തുകൊണ്ട് ഈ മനുഷ്യ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ആനന്ദ അനുഭവിക്കുന്ന ഈ ആനന്ദമുണ്ട് ഈ ആനന്ദത്തെക്കാൾ എത്രയോ വലിയ ആനന്ദമാണ് ഗന്ധർവനും പിതൃക്കളും ദേവന്മാരും ബൃഹസ്പതിയും പ്രജാപതിയും ബ്രഹ്മാവുമൊക്കെ അനുഭവിച്ചു അത്രയും വലിയ ആനന്ദം ഒന്നും ഇവിടെ ഇരുന്ന് നിനക്ക് സമാധി അഭ്യസം നേടാൻ പറ്റത്തില്ല ആ ആനന്ദം പോലും എന്താണോ ഏതൊരാനന്ദത്തിലാണോ അന്തർഭവിച്ചിരിക്കുന്നത് യാവാനർത്ഥ ഉതപ്പാൻ സർവദമ്പിൾ തുടങ്ങി ആ ആനന്ദത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ആനന്ദത്തിൽ ഇങ്ങനെയുള്ള ഏറ്റം കുറച്ചിട്ടില്ല ഞാനിത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് ഇതിലൊരുപാട് തെറ്റിദ്ധാരണയുണ്ട് ഇനി ഇത് വ്യാഖ്യാനിക്കുന്നിടത്ത് തന്നെ തെറ്റിദ്ധാരണ ഭാഷകാരനും മറ്റും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്താണോ ലൗകിക ആനന്ദാം പ്രാപ്ത സ്വാതിശയത്വ പരിണാമവത് വിധി ബാക്കിയുള്ള എല്ലാ ആനന്ദങ്ങളും എന്താണ് വലിയൊരു പരമാവധിയെ പ്രാപിക്കും എന്നാലും അതിൻ്റെ ഒരു താരതമ്യമുണ്ട് ഏറ്റക്കുറിച്ചിലുണ്ട് അതുകൊണ്ട് അതൊന്നും അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നു ലോകത്തിൽ പ്രസിദ്ധമായിരിക്കുന്ന ആനന്ദങ്ങൾ എന്നുവെച്ചാൽ ഈ മനുഷ്യലോകത്തിൽ മനുഷ്യരുടെ ഇടയിൽ പ്രസിദ്ധമായിരിക്കുന്ന ആനന്ദം അതുങ്ങൾ സമാധിയെപ്പറ്റി ആനന്ദമായാലിച്ച് ഞങ്ങളൊരു സമാധി വിരോധി ഒന്നുമില്ല സമാധി ആനന്ദത്തിൻ്റെ ശത്രുവുമല്ല ആ പറയുന്നു പക്ഷേ ബ്രഹ്മാനന്ദാനുഗമം ബ്രഹ്മാനന്ദം എന്ന് ശ്രുതി പറയുന്നത് എന്താണ് അതിനുവേണ്ടി പറയുന്നു അനേനഹി പ്രസിദ്ധേനാനന്ദേന വ്യാകൃത്ത വിഷയബുദ്ധിഗമ്യാനന്ദോ അനുഗമി അനേനഹി പ്രസിദ്ധേനാനന്ദേന ഈ പ്രസിദ്ധമായ ആനന്ദത്തിലൂടെ എന്താണ് ഇവിടെ പറയുന്ന ഒന്ന് ഈ ലോകത്ത് പ്രസിദ്ധമായിരിക്കുന്ന ആനന്ദം മറ്റ് ശ്രുതി പറയുന്ന ആനന്ദം ഇങ്ങനെ ബ്രഹ്മാവിന് ആനന്ദം ഉണ്ടോ എന്നും നമുക്ക് പരിചയമുള്ളതല്ല അവർക്കിപ്പോൾ ഉണ്ടോ ഇല്ലയെന്നുള്ള കാര്യം പക്ഷേ ലോകത്തിലെ ആനന്ദം നമുക്കറിയാം ഇതിൽ എന്താണ് പ്രസിദ്ധമായ ആനന്ദങ്ങളിൽ നിന്നെല്ലാം വിട്ട് വ്യാവൃത്ത വിഷയ ബുദ്ധിഗമ്യ വ്യാവൃത്ത വിഷയം വിഷയങ്ങളെല്ലാം നിവൃത്തമായ ബുദ്ധി അതാണ് ജ്ഞാനം എന്ന് പറയുന്നത് വ്യാപൃത്ത വിഷയബുദ്ധി തത്വജ്ഞാനം അതുകൊണ്ട് ഗമ്യമായിരിക്കുന്ന ആനന്ദം അല്ലെങ്കിൽ പിന്നെ എന്താ ഇതിൻ്റെ ആവശ്യം എന്തോ ഈ മനനത്തിന്റെ ആവശ്യം എന്താണ് ഈ മനനം യഥാർത്ഥമായ ആനന്ദം എന്തെന്നറിയാൻ വേണ്ടിയിട്ടാണ് അത് നമുക്കറിയാം യഥാർത്ഥമായ ആനന്ദം എന്താണെന്ന് പക്ഷെ അതെങ്ങനെ അറിയുന്നത് വ്യാപൃത്ത വിഷയ ബുദ്ധി വിഷയങ്ങളെല്ലാം വ്യാവർത്തിച്ച ബുദ്ധിയോണ്ടറിയുന്നതാണ് വിഷയം ആനന്ദം തന്നെ ആയിക്കോട്ടെ പലതരത്തിലുള്ള ആനന്ദങ്ങൾ ഈ ആനന്ദത്തെക്കുറിച്ചുള്ള കൽപ്പനകൾ ഭാവനകൾ ഇതിൽ നിന്നെല്ലാം വ്യാവർത്തിച്ച ബുദ്ധി നിശ്ചിതമായ ബുദ്ധി ആ ബുദ്ധിക്ക് ഇത്തരത്തിലുള്ള ഭ്രമൊന്നുമില്ല ഇതാണ് വലിയ ആനന്ദം ഈ ആനന്ദത്തെ പ്രാപിക്കണം അങ്ങനെയുള്ള ബുദ്ധി കൊണ്ടറിയുന്ന ആനന്ദം ആ ബുദ്ധി ആനന്ദത്തെ എങ്ങനെ അറിയുന്നു അവിടെ പറയും ആ ആനന്ദം എന്ന് പറയുന്നത് അങ്ങനെ പറയാൻ നമുക്ക് സാക്ഷാത്കാരം ആ ഞാൻ യഥാർത്ഥമായ ആനന്ദം എന്താണെന്ന് സാക്ഷാത്കരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ആനന്ദത്തെ അനുഭവിക്കുന്നവനും ആനന്ദമാകുന്ന അനുഭവവും അല്ലെങ്കിൽ ആനന്ദമാകുന്ന വിഷയവും അതാണ് വ്യാപഴത്തെ വിഷയ ബുദ്ധിഗമ്യമായ ആനന്ദം നിങ്ങളെ ഒരു അങ്ങനെ ഒരു ആനന്ദത്തെ അറിയിക്കുന്നതിന് വേണ്ടി അറിയാൻ കഴിയാത്ത ആനന്ദത്തെ അനുഭവിക്കാൻ കഴിയാത്ത ആനന്ദത്തെ ബോധിപ്പിക്ക അനുഗന്ധം പശ്ചാത്തം ഈ മനനത്തിലൂടെ പിന്തുടർന്ന് അതിനനുഗ്രഹിക്കുന്നതിന് വേണ്ടി ഈ ആനന്ദത്തെ എല്ലാം വർണ്ണിക്കുന്നു ഓരോന്നിനെയും വർണ്ണിച്ചിട്ട് നേതി നേതി ഇതൊന്നുമല്ല എന്ന് പറയാമല്ലെങ്കിൽ ഇതിനെയെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്നത് എവിടെയാണ് ഞങ്ങൾ ദിവസം പറഞ്ഞല്ലോ ഈ ജാഗ്രത സ്വപ്നങ്ങളെയെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്ന ഒന്നോ അതിനാണ് സർവവും നടക്കുന്നത് അതിനാണ് സ്വത്തും വസത്ത് സർവ്വവും നിലനിൽക്കുന്നത് അതാണ് പരമാനന്ദ സ്വരൂപം അതാണ് സ്വാഭാവികമായ ആനന്ദം എന്നറിയുന്ന ബുദ്ധി ആ ബുദ്ധിയിലൂടെ അറിഞ്ഞത് എന്ന് പറയുമ്പോൾ വീണ്ടും അവിടെ ആശയക്കുഴപ്പം വരുന്നില്ല കാരണം അത് പറയുന്ന എന്താണ് അവിടെ അതിന് സാക്ഷാത്കാരം എന്നു പറയും സാക്ഷാത്കാരമെന്ന് പറഞ്ഞാലും അവിടെ പോയി സാക്ഷാത്കാരം എന്ന് പറയുമ്പോൾ സംശയിക്കരുത് അവിടെയും അറിയുന്നവനും അറിയുന്ന അതൊന്നുമില്ല അതാണ് വിദ്യ അങ്ങനെയുള്ള ആനന്ദത്തെ യഥാർത്ഥ വിദ്യയിലൂടെ അറിയുന്ന ആനന്ദത്തെ ആണ് ഈ പ്രസിദ്ധമായ ആനന്ദങ്ങളിലൂടെ ബോധിപ്പിക്കുന്നത് എന്തുകൊണ്ട് ലൗകികൊക്കെ ആനന്ദോ ബ്രഹ്മാനന്ദസയോ മാത്ര ഈ ആനന്ദങ്ങളെല്ലാം ലൗകികമായ ആനന്ദം എല്ലാം എന്താണ് ആ ബ്രഹ്മാനന്ദസ്യ മാത്ര ബ്രഹ്മാനന്ദത്തിൻ്റെ ഒരംശം മാത്രമാണ് എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മസ്വരൂപമായ ആനന്ദം ബ്രഹ്മസ്വരൂപമായ ആനന്ദത്തെ ആശ്രയിച്ചിട്ടാണ് ഈ ആനന്ദത്തിന്റെ താരതമ്യം ഏറ്റക്കുറച്ചിലെല്ലാം നിലനിൽക്കുന്നത് ആനന്ദസ്വരൂപമായ ആ ബ്രഹ്മത്തെ ആശ്രയിച്ചിട്ടാണ് ഈ പ്രപഞ്ചം തന്നെ നിലനിൽക്കുന്നത് ത്രിപാദസ്യാമൃതം ദേവി എന്ന് പറയും അതിന്റെ ഒരു ലേശത്തെ ആ ബ്രഹ്മാനന്ദത്തെ ആശ്രയിച്ചിട്ടാണ് ഈ ആനന്ദത്തിന് വിരോധിയായിരിക്കുന്ന ദുഃഖം ഭയം രാഗം ദ്വേഷം എല്ലാം നിലനിൽക്കുന്നു ചർവദനെ ആശ്രയിച്ചിട്ടാണ് അങ്ങനെയുള്ള ആ ബ്രഹ്മാനന്ദത്തിന്റെ ഒരു ലേശം മാത്രമാണ് ഈ പറയുന്ന ആനന്ദം പക്ഷെ ആ ബ്രഹ്മാനന്ദമോ സ്വാഭാവികമായിരിക്കുന്ന സ്വരൂപമായിരിക്കുന്ന ആനന്ദം അവിദ്യ തിരസ്ക്രിയമാണ് അവിദ്യ കൊണ്ട് മറഞ്ഞിരിക്കുന്നു മനസ്സിന്റെ കൽപ്പനകളെ കൊണ്ടും മറഞ്ഞിരിക്കുന്നു ഭാവനകളെ കൊണ്ടും മറഞ്ഞിരിക്കുന്നു നാനാഭാവന ശരീരഭാവന പ്രപഞ്ചഭാവന സാധനത്തെയും സാധ്യതയും കുറിച്ചുള്ള ഭാവനകൾ ലൗകികവും ആധ്യാത്മികവുമായിട്ടുള്ള സാധ്യ സാധനങ്ങളെ കുറിച്ചുള്ള ഭാവനകള് ആ ഭാവനകളിൽ ആനന്ദഭാവനയും വരും എല്ലാ ഭാവന കൊണ്ടും അത് മറഞ്ഞിരിക്കുന്നു തിരസ്ക്രിയമാണേ വിജ്ഞാനെ അതുകൊണ്ട് യഥാർത്ഥമായ വിദ്യ വിദ്വാന്റെ വിദ്യ അത് മറിഞ്ഞിരിക്കുന്നു നേരെ ചോദിച്ചുള്ള വിദ്വാനും ആ വിദ്വാനന്ദ എന്താ വ്യത്യാസം അവിടെ വിദ്വാന്റെ വിദ്യ മറഞ്ഞിരിക്കുന്നു ആനന്ദത്തെ കുറിച്ചുള്ള യഥാർത്ഥ ബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു ഉത്കൃഷ്യമാണിന്റെ അവിദ്യായം അവന്റെ ഉള്ളിൽ ഉയർന്നിരിക്കുന്ന വിദ്യയാണ് അതാണ് വിദ്വാനും അവിദ്വാനന്ദ വ്യത്യാസം വവശ്യം വിഷയാദിസാധനസമ്പവശാശ്ച വിഭാവ്യമാനശ്ചോകൗകം സൈവ് അവിദ്യാമകൂമ അക്കാമഹത വിദ്യോത്രിയ പ്രത്യക്ഷോ വിഭാവത്തെ ശതഗുണോത്തരോത്തരോത്കർഷേണ യാവത് ഹിരണ്യഗർഭ്യ ബ്രഹ്മണാനന്ദ അത് തന്നെ പറയും അത് അജ്ഞന്റെ നിലയിൽ നിന്നുകൊണ്ട് അജ്ഞൻ കാണുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ആനന്ദം അത് സത്യം തന്നെ അങ്ങനെ ഒരു ആനന്ദമുണ്ട് ഈ ലൗകികമായ ആനന്ദത്തെക്കാൾ ശ്രേഷ്ഠമായ അലൗകികമായ ആനന്ദമുണ്ട് അതിനുള്ള സാധനങ്ങൾ ചെയ്യുന്നു അത് സാധ്യമായി വരും പക്ഷെ അങ്ങനെയുള്ള സാധനങ്ങൾ കർമ്മം കൊണ്ടും വിദ്യ കൊണ്ടും അത് സാധിച്ചാൽ ആ സാധനങ്ങളിലൂടെ സാധിച്ചാൽ ഈ മനുഷ്യന് പ്രാപിക്കാമെന്നുള്ളതിലും വലിയ ആനന്ദം ഗന്ധർവന്മാർ തുടങ്ങിയവർ പ്രാപിക്കുന്ന ഏതുവരെ ഹിരണ്ഗർഭന്മാരെ ബ്രഹ്മാവ് ഉള്ള ആനന്ദമുണ്ട് അത് എന്താണ് അകാമഹതനായ വിദ്വാനായ ശ്രോത്രിയന്റെ ആനന്ദം അവന് പ്രത്യക്ഷമായിരിക്കുന്ന ആനന്ദം അത് വേറെയാണ് ഈ ആനന്ദമൊന്നുമില്ല അവന്റെ പ്രത്യക്ഷമെന്ന് പറയുന്ന തന്നെ വേറെയാണ് അവന് പ്രത്യക്ഷ സ്വരൂപമായിരിക്കുന്ന ആനന്ദം ഇതിനെ വേർതിരിച്ച് കാണിക്കുന്നു ഒന്ന് അവിദ്യ ആവിദ്യയുടെ താരതമ്യം കാമകർമ്മങ്ങളുടെ ആധിക്യം കൊണ്ട് സംഭവിക്കുന്നു മറ്റൊന്ന് ഇതിൻ്റെ എല്ലാം ത്യാഗം കൊണ്ട് നാശം കൊണ്ട് സംഭവിക്കുന്നു വിദ്വാന്റെ ആനന്ദം ഇതിന് രണ്ടിനെയും കാണിക്കുന്നു അപ്പോൾ വിദ്വാന്റെ ആനന്ദത്തെ സംബന്ധിച്ച് ഈ പറയുന്ന എല്ലാ ആനന്ദത്തെക്കാളും വലിയൊരാനന്ദം എന്നല്ല ധരിക്കേണ്ടത് ഈ പറയുന്ന ആനന്ദത്തെക്കാളും എല്ലാത്തിനേക്കാളും വിലക്ഷണമായിരിക്കുന്ന ഈ വർണ്ണിക്കുന്ന ആനന്ദത്തെക്കാളും വിലക്ഷണമായിരിക്കുന്ന ഒരു ആനന്ദം അത് വിദ്വാന്റെ സ്വരൂപമായിരിക്കുന്ന ആനന്ദം അതാണ് ഇവിടെ പറയുന്നത് ഇവിടെ വിശദീകരിക്കുന്നത്